അസ്സാമലൈക്കും വരഹമുല്ലാ വരക്കാത്തു ബിസ്മില്ല അലമുല്ല വസ്ലാത്തു വസ്സലാമ റസൂലില്ല വാലാ അലിഹി വസ്ഹബിൽ ഫായി ബുഹനരായ വിലമാക്കളെ മുതാലിം സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സമസ്ത കേരള ജമിയത്ത് ഉള്ള എൺപത്തി അഞ്ചാം വാർഷിക സമ്മേളനത്തിൻ്റെ പരിപാടികളിൽ മൂന്നാം ദിവസം ആരംഭിക്കുന്നത് അനുസ്മരണം എന്ന വിഷയത്തിലിവിടെയാണ് എൺപത്തിയഞ്ചു വർഷകാലത്തിനിടയിൽ ബഹുമാനപ്പെട്ട സമസ്തകളുടെ ജന്മ്യത്വം നമുക്ക് നേതൃത്വം നൽകിയ സമസ്തകളുടെ ജന്മിയോലുമായ ഒരു ബഹുജന പ്രസ്ഥാനമാക്കി മാറ്റിയ മഹാരഥന്മാരാവുന്ന നമ്മുടെ മൺ മറിഞ്ഞുപോയ ഉസ്താദന്മാരെയും നേതാക്കളെയും അനുസ്മരിക്കുകയാണ് ഇവിടെ എല്ലാവരുടെയും പേര് പറഞ്ഞ് അനുസ്മരിക്കാൻ തന്നെ നമുക്ക് നമ്മുടെ പരിപാടിയിലെ സമയം പരിമിതമാകുന്നു എന്നതുകൊണ്ട് തന്നെ വളരെ നേരിയ നിലയിൽ വളരെ പ്രധാനപ്പെട്ടവരെ അനുസ്മരിക്കുക മാത്രമാണ് ചെയ്യുന്നത് ഇന്നു റബി ഉല്ലാഹർ മാസം മൂന്നാം തീയതിയാണ് അതുകൊണ്ട് തന്നെ അനുസ്മരണം ആരംഭിക്കുന്നത് ഇന്ന് റബി ഉൽ അഹ്ഹർ മൂന്നിനും നാലിനുമാണ് മഹാരഥന്മാരായ നമ്മൾ രണ്ട് ഉസ്താവുമാർ ബഹുമാനപ്പെട സമസ്തകളം എ തലമയെ ലോക പ്രശസ്തിയിലേക്ക് ഉയർത്തിയതായിരിക്കും രണ്ട് മഹാരഥന്മാർ ഇവിടെ വാങ്ങിയത് തൊണ്ണൂറ്റി മൂന്നിലെ റബി ഉൽ ആഹ്ർ മാസം മൂന്നിനേക്കു മഹാനായ കണ്ണീർ ഉസ്താവ് നമ്മോട് ഇവിടെ പറഞ്ഞുവെങ്കിൽ തൊണ്ണൂറ്റിയാറിലെ റബി ഉൽ അഹർ നാലിനാണ് മഹാനായ ഷെയ്ഖുനാ ഷംസുലമ നമ്മോട് ഇവിടെ പറഞ്ഞത് എല്ലാ വർഷവും നമ്മുടെ മദ്രസുകളിൽ റബി ഉലാഹ്ര മാസത്തിലെ ഒന്നാമത്തെ ഞായറാഴ്ച മൺമറിഞ്ഞു നേതാക്കളെ അനുസ് പ്രവർത്തകന്മാരെയും അനുസ്മരിക്കാനും ഒരു അനുസ്മരണ ദിനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ വർഷം അത് നാളെയാണ് എങ്കിലും നമ്മുടെ സമ്മേളന പരിപാടി കാരണമായ കൊണ്ട് അടുത്ത ഞായറാഴ്ചയിലേക്ക് നീട്ടി വിദ്യാഭ്യാസ ബോർഡ് അത് പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഷംസോമ അവന് മുമ്പ് രണ്ടു മാസം മുമ്പ് ചേർന്ന ഒരു വിദ്യാഭ്യാസ ബോർഡ് യോഗത്തിൽ മഹാനാ ഷെയ്ഖുനയുടെ നിർദ്ദേശം അനുസരിച്ച് തന്നെയാണ് അങ്ങനെ ഒരു അനുസ്മരണ ദിനം എല്ലാ വർഷവും ആചരിക്കണമെന്നും സമസ്തക്കും സമുദായത്തിനും മഹല്ലത്തിലെ ദീനീ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകിയ നേതാക്കൾക്കും പ്രവർത്തകർക്കും വേണ്ടി പ്രത്യേക ദുരായ നടത്താനും വേണ്ടി ദിവസം നീക്കിവെക്കണമെന്നും നിർദ്ദേശിച്ചത് ആ നിർദ്ദേശമനുസരിച്ചു അതേ വർഷം തന്നെ അനുസ്മരണ ദിനം തീരുമാനിക്കുകയും അത് മദ്രസുകളിലേക്കൊക്കെ തന്നെ സർക്കുലും മുഖേന എത്തുകയും ചെയ്തതിന് ശേഷം അതേ വർഷമാണ് മഹാനായ് ഷേഖുനഷംസുലമ നമ്മോട് ഇവിടെ പറഞ്ഞത് മഹാനായ ഷേഖുനവിയുടെ അനുസ്മരണം ആദ്യത്തെ അനുസ്മരണം മഹാനവിടെ തീരുമാനപ്രകാരം അഭാവത്ത് അദ്ദേഹത്തിൻ്റെ അഭാവത്തിലായിരുന്നു എന്നുള്ളത് നമ്മെ സംബന്ധിച്ചും വളരെയധികം ചിന്തിപ്പിക്കുന്ന കാര്യമാണ് സമസ്തകളുടെ ജമിയത്തോലമയെ സംബന്ധിച്ചിടത്തോളം നമുക്കു സമസ്തയുടെ സ്ഥാപക നേതാക്കൾ നേരിൽ കാണാൻ ഭാഗ്യം ലഭിച്ച മഹൽ വ്യക്തിത്വമാണ് മഹാനായ ഷെയ്ഖുന കണ്ണിതുസ്താദ് അവറുകൾ തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ സമസ്തകളുടെ ജമിയത്തോല രൂപീകരിക്കുന്ന സമയത്ത് മഹാനായ ഷെയ്ഖുന കണ്ണിതുസ്താദ് അവറുകൾ ഇരുപത്തിയാറ് വയസ്സു പ്രായമുള്ള ഒരു യുവ പണ്ഡിതനാണ് പതിനേഴാം വയസ്സിൽ തന്നെ വാഴക്കാട് ദാറിലെ റൂമിൽ മഹാനായ കുത്തുബി തങ്ങളും മഹാനായ അബ്ദുൽ കാദി ഫൽ ഫലി തുടങ്ങിയവരൊക്കെ തന്നെ മുദർസുമ പ്രിൻസിപ്പാൾമാരും സദർ മുദ്രീസുമാരും ഒക്കെ തന്നെയായിരുന്ന കാലഘട്ടത്തിൽ വാഴക്കാട് ആളുടെ റൂമിൽ പതിനേഴാമത്തെ വയസ്സിൽ മഹാൻ അവർകൾ മുദരീസായി സേവന മിനിസ്റ്റർ ആരംഭിച്ചിട്ടുണ്ട് അങ്ങനെ ഇരുപത്തിയാറാമത്തെ വയസ്സിൽ സംസ്ഥകൾ ജമിയത്തോന്മാർ രൂപീകൃതമാവുമ്പോൾ മഹാനായ വരക്കൽ തങ്ങളുടെ ദീർഘമായ ദുഃയോടുകൂടി സയ്ദ് ഹാഷിം ചെറുകുഞ്ഞിക്കോയെ തങ്ങളുടെ അധ്യക്ഷതയിൽ ചേർന്ന കോഴിക്കോട് ടൗൺ ഹാളിൽ ചേർന്ന മഹാസം വിലമാ സംഗമത്തിൽ സംബന്ധിക്കാനും അന്നവടെ വെച്ച് രൂപീകൃതമായ സമസ്തകളെ രമ്യത്തോളമയുടെ മുഷാവറയിൽ അംഗമാവാനും ഭാഗ്യം ലഭിച്ചുവന്നത് കൊണ്ട് തന്നെ സമസ്തയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം സമസ്ത മുഷാവറ ജീവിച്ച മഹൽ വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട ഷേഖുന കണ്ണീരുസ്താദ് അവൾ അതുപോലെ തന്നെ തൊള്ളായിരത്തി മുതൽ തൊള്ളായിരത്തി വരെ നീണ്ട വർഷക്കാലം ബഹുമാനപ്പെട്ട ഷെയഖുന സമസ്തകളുടെ ജമ്യത്വിയുടെ പ്രസിഡന്റ് പദവിയും അലങ്കരിച്ചു അതും അതുപോലെ ഏറ്റവും കൂടുതൽ കാലഘട്ടം സമസ്തയുടെ പ്രസിഡന്റ് പദവി അലങ്കരിച്ച മഹത്വം മഹാനവർക്ക് ഉൾക്കുള്ളതാണ് ഷെയ്ഖുനെ സംബന്ധിച്ചിടത്തോളം ഓർക്കുമ്പോൾ മഹാനവരുടെ ചരിത്രം എന്നോട് ബഹുമാനപ്പെട്ട ജയിലിൽ ഫൈസി സൂചിപ്പിക്കുകയുണ്ടായി ഞങ്ങളൊക്കെ തന്നെ ജാമ്യയിൽ പഠിക്കുന്ന കാലത്ത് മഹാനവരുടെ ത്യാഗവും വിശുദ്ധി ജീവിത വിശുദ്ധിയൊക്കെ തന്നെ വളരെ നേരിൽ കാണാൻ ഭാഗ്യം ലഭിച്ചു എന്നത് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യമായി കണക്കാക്കുന്നവരാണ് ഞങ്ങളൊക്കെ തന്നെ മഹാനായ ഷെയ്ഖുന കണ്ണിത് സ്ഥാതവുകൾ ഇന്നലെ ഇന്നലെ ഇവിടെ ബഹുമാനപ്പെട്ട് ഏവി പറഞ്ഞ സംഭവം ബഹുമാനപ്പെട്ടവരുടെ സഹോദരി മരിച്ച അന്ന് പോലും സബുക്ക് മുടക്കരുത് എന്ന മഹത്തായ ലക്ഷ്യം സബുക്ക് മുടങ്ങരുത് എന്ന ലക്ഷ്യത്തോടു കൂടി അന്ന് നാട്ടിൽ പോകാനും പിറ്റേ വ്യാഴാഴ്ചയാണ് നാട്ടിൽ പോയത് വിദ്യാർത്ഥികൾ സബുക്ക് മുടങ്ങുമെന്നുള്ളതായിരുന്നു മഹാനവൾ കണ്ടെത്തിയിരുന്നത് അൻപത് വർഷം മുമ്പ് കക്കാട് വെച്ച് ഇവിടെ പരിസരത്ത് കക്കാട് ചേർന്ന സമസ്തകളുടെ ജമിയത്തോളം അവിടെ ഇരുപത്തിയൊന്നാം സമ്മേളനത്തിൻ്റെ സംഭവം ആ സംഭവത്തിൽ മഹാനായ എസ് എൻ തങ്ങളുടെ വീട്ടിലായിരുന്നു ബഹുമാനപ്പെട്ട ഷെയ്ഖുനാക്ക് അണ്ണി ദുസ്ത താമസിച്ചിരുന്നത് അന്ന് അവിടെ സമ്മേളനത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് രാത്രി സുബിഹിൻ്റെ മുമ്പ് തന്നെ എഴുന്നേറ്റ് എനിക്ക് സുബിക്ക് വാഴക്കാട് എത്തണം കാരണം എൻ്റെ സിവക്കും മുടങ്ങും എൻ്റെ കുട്ടികൾ വെടുതെ ഇരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ശുഭക്കും മുടങ്ങി പേടിച്ചു കൊണ്ട് രാത്രി തന്നെ ശുഭീന മുമ്പ് തന്നെ സമ്മേളനത്തിന് വേണ്ടി ജനങ്ങൾ അന്നൊക്കെ തന്നെ വാഹന കാലഘട്ടത്തിൽ റോഡ് പോലും ഇല്ലായിരുന്ന കാലത്ത് അക്കാട്ടിൽ നിന്ന് കൊണ്ടോട്ടിലേക്ക് നടക്കുന്ന കാലഘട്ടത്തിൽ മഹാനവറുകളൊക്കെ തന്നെ അന്ന് പോയ സംഭവം ഓരോ പുസ്തകങ്ങളിലൊക്കെ തന്നെ മഹാന്മാർ അനുസ്മരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മഹാനവറുകൾ ദർശനുവേണ്ടി തെതിരീസിനു വേണ്ടി സമയം നീക്കി വെച്ചു ബഹുമാനപ്പെട്ട സംസ്ഥകളുടെ ജമ്യത്തോലുമായി രൂപീകൃതമാവുന്ന കാലഘട്ടത്തിൽ വാലക്കാട് നിന്ന് കോഴിക്കോട്ട് എത്തുക എന്നുള്ള പ്രയാസകരമായ കാര്യമായിരുന്നു ഫറോക്കിലേക്ക് തോണിയിലും പിന്നീട് ബസ്സിലുമായി കോഴിക്കോട് എത്തുന്ന സംവിധാനം നടന്നു പോയി ബസ് പോയി ബഹുമാനപ്പെട്ട സമസ്തകളുടെ ജമ്യത്തോളുമായി സംബന്ധിച്ച കാര്യങ്ങളൊക്കെ തന്നെ ഷെയ്ഖുന നേരിൽ പറഞ്ഞിട്ടുണ്ട് അത്രമാത്രം സമസ്തയ്ക്ക് വേണ്ടി സേവനമനുഷ്ഠിച്ചു നമ്മെ സംബന്ധിച്ചിടത്തോളം സമസ്തയുടെ മഹാനവയുടെ ജീവിതത്തിൻ്റെ സ്വയം സദ്യയിലൊക്കെ തന്നെ സമസ്തയുടെ പ്രവർത്തനം വിജയിച്ചത് മഹാനവയുടെ തായ കൊണ്ടാണ് സമസ്തയുടെ പ്രാർത്ഥനകൾ സമ്മേളനങ്ങളിൽ അദ്ദേഹം മഹാനവകളുടെ വാക്കു വേണ്ടി മാത്രം സമ്മേളിക്കുന്ന ജനങ്ങൾ അത്രമാത്രം സമസ്തയ്ക്കും മഹാനവർ സേവനം ചെയ്തു കേരളത്തെ സംബന്ധിച്ചിടത്തോളം ദീനിയ വെലൂന്ന് മഹാനവകളിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ കാല മഹാനവരുടെ കാലഘട്ടത്തിലും ശേഷമുള്ള കാലഘട്ടത്തിലൊക്കെ തന്നെ മഹാനായ കണ്ണീതുസ്ഥാന ശിഷ്യരോ ശിഷ്യന്മാരുടെ ശിഷ്യരോ അവരുടെ ശിഷ്യന്മാരായ കൊണ്ടുള്ളതാണ് മുലമാക്കളും മുത്താലിമ്യങ്ങളും എല്ലാം തന്നെ കാരണം ബഹുമാനപ്പെട്ട ഷെയ്ഖുന കണ്ണീത് ഉസ്താദ് അവകൾ മഹാനായ സൈനുദീ മഹുദും തങ്ങൾ അവരുടെ പന്ത്ര ശിഷ്യ പരമ്പരയിലെ പന്ത്രണ്ടാമത്തെ തലമുറയായ തലമുറക്കാരനായ ബഹുമാനപ്പെട്ട അലി ഹസൻ മഹുദും തങ്ങൾ കോയക്കുട്ടി മുസ്ലിയറിന്റെ പേരിലായിരുന്നു മഹാനവകൾ അറിയപ്പെട്ടിരുന്നത് അദ്ദേഹത്തെ ശിഷ്യനാണ് വളപ്പിൽ അബ്ദുൽ അസീസ് മുസ്ലിയാർ മഹുദും പരമ്പരയിൽപ്പെട്ടവർ തന്നെയാണ് അവരും ബദർ മൗലൂദിൻ്റെ തന്നെ മൗലിതൊക്കെ തന്നെ രചിച്ച മഹാനായ പണ്ഡിതൻ അനവധി ഗ്രന്ഥങ്ങളുടെ കർത്താവുന്ന വളപ്പിൽ അബ്ദുൽ അസീസ് മുസ്ലിയാർ അവരുടെ ശിഷ്യനാണ് മഹാനായ ചാലകത്ത് കുഞ്ഞഹമ്മദാജി അവൾ അവരുടെ ശിഷ്യൻ മഹാനായ കുത്തുമി തങ്ങളുടെ ശിഷ്യനാണ് മഹാനായ കണ്ണീരുസ്താദ് കണ്ണീർ ശിഷ്യന്മാരാണ് ഒരു കാലത്ത് കേരളത്തിൽ നിറഞ്ഞെന്ന മഹാരഥന്മാരായ പണ്ഡിതന്മാർ ബഹുമാനപ്പെട്ട ഷെയ്ഖുനാ ഷംസുലമയും കൈപ്പറ്റ വീരാമട്ടി മുസ്ലിമാരും അതുപോലെ സർക്കുത്തുള്ള മുസ്ലിരൊക്കെ തുടങ്ങിയ മഹാരഥന്മാരായ പണ്ഡിതന്മാർ അവരുമായി ഏതെങ്കിലും നിലയ്ക്ക് ബന്ധപ്പെട്ടവരായിരിക്കും കേരളത്തിലെ വലമാക്കം മുഴുവനും എന്നതുകൊണ്ട് തന്നെ ഉസ്താദുൽ അസാദീ എന്ന് അക്ഷരാർത്ഥത്തിൽ പറയാൻ പറ്റുന്ന കേരളത്തിലെ ഒരു മഹൽ വ്യക്തിത്വമാണ് മഹാനായ ഷേഖുന കണ്ണിത് ഉസ്താദ് മഹാനായ് ഷേഖുന ഷംസല്ല തങ്ങളെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കുമ്പോൾ മഹാനവകൾ സമസ്തകളെ ജമ്യത്തോൽമയെ ഇത്രമാത്രം ഒരു വടവൃക്ഷമാക്കി മാറ്റിയ ഒരു ബഹുജനപ്രസ്ഥാനമാക്കി മാറ്റിയതിൽ വിശ്വപ്രസിദ്ധമാക്കിയതൊക്കെ വളരെ വലിയ പങ്ക് വഹിച്ചതാണ് മഹാനായ് ഷെയഖുന ഷംസുല്ലമാ അവകൾ തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ വെല്ലൂർ വാക്യാത്തിന് ബിരുദം നേടി തൊള്ളായിരത്തി നാൽപ്പത് മുതൽ നാൽപ്പത്തി എട്ട് വരെ എട്ട് വർഷക്കാലം മഹാന്മാരായ ഉസ്താദുമായിട്ട് അപേക്ഷ സ്വീകരിച്ചുകൊണ്ട് വെല്ലൂരിൽ തന്നെ മുദരീസും ഷാഫിയും അതഹബനും മുഫ്തിയുമായും എല്ലാം തന്നെ സേവനം ചെയ്ത് തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടുകളാണ് മഹാന ഷേഖുന ഷംസുറമ മഹാനവയുടെ സേവന കേരളത്തിലേക്ക് മാറ്റുന്നത് തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ കേരളത്തിലെത്തിയതിന് ശേഷം കേരളത്തിലെ ദീനീ പ്രവർത്തനങ്ങളുടെ ചുമതലത്തി ചുക്കാൻ മഹാനായ ഷെയ്ഖുന ഷംസലുലമയിലായിരുന്നു എന്നുള്ളത് നമുക്കെല്ലാം തന്നെ മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ് സുന്ദ പരിശുദ്ധ ഹലി സുനിത്തുൽ ജമായത്ത് ഇവിടെ നിലനിർത്തുന്ന എനിക്കു അത് പരിപോഷിപ്പിക്കുന്നതിന് അതിനിടയിൽ വന്നതായിരിക്കുന്ന എല്ലാ പ്രസ്ഥാനങ്ങളെയും തരിപ്പണമാക്കുന്നതിനും മഹാനായ ഷെയ്ഖുന ഇവിടെ കഴിവ് എല്ലാവരും പ്രായം മഹാൻ അവൽ കണ്ട് മനസ്സിലാക്കിയതൊക്കെ തന്നെ അറിയുന്ന കാര്യങ്ങളാണ് തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ മഹാനായ ഷെയ്ഖുന ഷംസുബിളമാർ തങ്ങൾ കേരളത്തിലെത്തുമ്പോൾ മഹാനായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാറ് നവർ വാഹു മർക്കതു ലോകത്തോടെ വിടവാങ്ങിയിട്ടുണ്ട് അബ്ദുൽ കാദുൽ ഫഗുഫരി ലോകത്തോട് വിടവാങ്ങിയിട്ടുണ്ട് അവർക്ക് ശേഷം സുന്നത്ത് ജാമായത്തിൻ്റെ ജനിച്ചു നിന്ന മഹാനായ താരം ബഹുമാനപ്പെടം റഷീദുദ്ദീൻ മൂസം മുസ്ലിയാർ കുറഞ്ഞ കാലങ്ങൾക്ക് നാൽപ്പത്തി നാലാമത്തെ വയസ്സിൽ ഈ ലോകത്തോടെ വിടവാങ്ങി ആ സന്ദർഭത്തിൽ പരിശുദ്ധമായ അഖിലി സുനത്തിൻ്റെ ആശയ ആദർശങ്ങൾ ഇവിടെ പ്രചരിപ്പിക്കുന്ന മഹാനായ പറവണ്ണ മുഹീതീൻകുട്ടി മുസ്ലിയർ മാത്രം അന്ന് പ്രസംഗവേദികളിൽ തിളങ്ങുന്ന കാലഘട്ടത്തിലാണ് മഹാനായ ഷേഖുന ഷംസു അഹമ്മദ് തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ കേരളത്തിലെത്തുന്നത് പതി അബ്ദുൽ കാലി മഹാനായ പറവണ്ണയുടെ അപ്പം ആവശ്യപ്രകാരം മഹാനായ പതി അവകൾ കേരളത്തിൽ വിവിധ ഭാഗങ്ങളിലൊക്കെ തന്നെ സുനിധിതരമായ തന്നെ ആശാപ്രദർശനം നടത്തുന്ന കാലഘട്ടം ആ സമയത്തു പൂനൂർ വാദപ്രതിവാദവും കാതിയാനിസത്തിൻ്റെ രംഗപ്രവേശനമൊക്കെ തന്നെ വളരെയധികം സജീവമായ കാലഘട്ടത്തിലാണ് ഷെയ്ഖുന അവിടെ രംഗത്തിറക്കുന്നത് ഷെയ്ഖുന അത് പ്രസിദ്ധമാവുന്നു തന്നെ മഹാനായ ഷെയ്ഖുന ഷംസുല്ല അവർ നന്മണ്ടവാദ പ്രതിവാദം സംബന്ധിച്ചു നമ്മുടെ സമ്മേളന സ്മരണയിൽ സുന്നി അഫ്കാറിൽ ഈ ലക്കം സുന്നി അഫ്കാറിൻ്റെ സ്പെഷ്യലിൽ മഹാനായ പാറന്നു സാദ് അതനുസ്മരിക്കുന്നുണ്ട് പൂനൂർ സംവാദം വളരെ പ്രസിദ്ധമാണെങ്കിൽ തന്നെ ബാഹ്യമായ നിലക്കത് പരിശുദ്ധമായ അഖിലിസുൽ ജമായത്തിനുക്ക് പരാജയമായവർ തോന്നൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നു അത് കാരണമായി കൊണ്ട് തന്നെ സുന്നികൾക്ക് വളരെയധികം ക്ഷീണം സംഭവിച്ച സമയത്ത് അന്നു സുന്നി സ്റ്റേജുകളിൽ തന്നെ പ്രത്യക്ഷപ്പെടുന്നത് ഒരു വിഷമമായ സമയത്താണ് മഹാനാ ഷേഖുന ഷംസ നന്മണ്ടയിൽ സ്വയം പ്രയത്നാൽ സ്റ്റേജ് സ്ഥാപിച്ചുകൊണ്ട് സ്വന്തമായി നിലക്ക് തന്നെ അതിന് പ്രചാരണം നടത്തിക്കൊണ്ട് പരിശുദ്ധ അഹലി സുന്നതുൽ ജാമായത്തിന് ആശയ ആശയാദശങ്ങൾ വിശദീകരിക്കുകയും വഹാബി മോലിയുമാരെ വെല്ലുവിളിച്ചു വാദപ്രതിവാദവും ഒക്കെ തന്നെ നടത്തി വിജയാശ്രീ ലാഭം അതാണ് പരിശുദ്ധ അഹുലി സുനിത്തിൽ ജമായത്തിന് പൂരം സംവാദത്തിന് ശേഷം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ സംഭവമായി അത് കണക്കാക്കപ്പെടുന്നുണ്ട് അതിൻ്റെ വിശദ സംഭവങ്ങളൊക്കെ തന്നെ വിശദീകരിക്കാനുള്ള സമയമല്ല എന്നതുകൊണ്ട് തന്നെ അത് വായിച്ച് മനസ്സിലാക്കണമെങ്കിൽ ഈ ലഷ്കം സുന്നി അഫ്ഗാൻ നമ്മുടെ സമ്മേളന സ്പെഷ്യലിൽ ആ സംഭവത്തിൽ നേരിൽ കണ്ട ബഹുമാനപ്പെട്ട പാറന്നു പി ഇബ്രാഹിം സുലി വളരെ വിശദമായി തന്നെ ആ കാര്യം സ്പർശിക്കുന്നുണ്ട് അതുകൊണ്ട് അതുപോലെ ഒരുപാട് സംഭവങ്ങൾ കാതി ബഹുമാനപ്പെട്ട ഷെയ്ഖുനക്കോ കണ്ണൂർ പഴയങ്ങാടിലൊക്കെ തന്നെ നടത്തിയ പ്രസംഗത്തോടുകൂടി അവിടെ തന്നെ വലിയ സംഭവങ്ങളാണ് അങ്ങനെ സുന്നത്തരാമായത്തിൻ്റെ സ്റ്റേജുകളിലും അതുപോലെ തന്നെ ദർശ് വിഷയത്തിൽ വലിയൊരു വാക്യത്തിൽ എട്ട് വർഷം ദർശനം നടത്തിയതിനു ശേഷം പിന്നീട് കേരളത്തിലെത്തി തളിപ്പറമ്പ് കൂവത്തുൽ ഇസ്ലാമിലും താണൂർ ഇസ്ലാഹു പിന്നീട് തൊള്ളായിരത്തി മുതൽ ബഹുമാനപ്പെട്ട ജാമ്യാനൂലയിലൊക്കെ തന്നെ സേവനം ചെയ്തുകൊണ്ട് മഹാനായ ഷെയ്ഖുന ഇവിടെ ശിഷ്യ സമ്പത്ത് വളരെ വലുതാണ് മഹാനവയുടെസും ഡറസുകളൊക്കെ തന്നെ ജാമ്യയിലും നന്ദിയൊക്കെ തന്നെ തറസുകളിൽ വിദ്യാർത്ഥികൾക്ക് മാത്രമായിരുന്നില്ല ബുഹാരിയൊക്കെ ബുഹാരിയൊക്കെ ദർശനം നൽകുമ്പോൾ ആ തറസിൽ പങ്കെടുക്കാൻ വേണ്ടി പരിസരത്തുള്ള മുദ്രീസുമാരൊക്കെ തന്നെ സബ്ബോയിൽ വന്ന അവസ്ഥയായിരുന്നു മഹാനാവ് ഷെയ്ഖുനയുടെ ദറസുകളൊക്കെ തന്നെ ആ അവരെ സംബന്ധിച്ചു നമ്മെ സംബന്ധിച്ചു അമ്മയെ സംബന്ധിച്ചു ദീനിനു വേണ്ടി ദീനിയ വലൂമിന് വേണ്ടി സുന്നത്തരമായതിനു വേണ്ടി സമസ്തയ്ക്ക് വേണ്ടിയൊക്കെ ചെയ്ത ത്യാഗങ്ങൾ വളരെ വലുതാണ് നമുക്കറിയാം ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഷംസോലന്മാർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ബസുകളിൽ യാത്ര ചെയ്തുകൊണ്ടാണ് മഹാനഭ സഞ്ചരിച്ചിരുന്നത് എല്ലാ വെള്ളിയാഴ്ചയും വ്യാഴാഴ്ച വൈകുന്നേരമാണ് ജാമ്യയിൽ നിന്ന് വീട്ടിലേക്ക് പുറപ്പെടുക ശനിയാഴ്ച ജാമ്യയിൽ എത്തിച്ചേരുകയും ചെയ്യും അതേസമയത്ത് ആ വഴിവുള്ള വെള്ളിയാഴ്ച ദിവസം ബഹുമാനപ്പെട്ട ഷെയ്ഖുല ഷംസുൽ ഉലമ എപ്പോഴും സമസ്തയ്ക്ക് വേണ്ടി സംഘടനയ്ക്ക് വേണ്ടി ഓഫീസിലുണ്ടായിരുന്ന ദിവസമാണ് നമുക്കറിയാം കോഴിക്കോട് അലുവ ബസാറിലുണ്ടായിരുന്ന ഓഫീസിലും ഫ്രാൻസിസ് റോഡിലെ ഓഫീസിലൊക്കെ തന്നെ മഹാനാ ഷെയ്ഖുലയുടെ സാന്നിധ്യം എല്ലാ വെള്ളിയാഴ്ചയും കാണും കോഴിക്കോട് ഷെയ്ഖിൻ്റെ പള്ളിയിൽ ജുമാക്ക് സമ്മേളിക്കുക എന്നുള്ളത് മഹാനവരുടെ പതിവായിരുന്നു ആ നിലക്ക് വെള്ളിയാഴ്ച കോഴിക്കോട് എത്തുമ്പോൾ ഒരു കുടപുടിച്ച് കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ നിന്ന് അലുവ ബസാറിലേക്കും ഫ്രാൻസിസ് റോഡിലേക്കൊക്കെ തന്നെ നടന്നു പോകുന്നതും വൈകുന്നേരം തിരിച്ചു പോകുന്നതൊക്കെ തന്നെ നേരിൽ കാണുന്നതെന്നും കൂടെ നടക്കാനൊക്കെ തന്നെ ഭാഗ്യം ലഭിച്ചതാണ് ഒക്കെ തന്നെ അതുകൊണ്ട് തന്നെ ആ മഹാനാ ഷെയ്ഖുൻ ആ നിലക്ക് ത്യാഗം ചെയ്തു ഇവിടെ വിദേഹത്തിനെതിരിൽ നിന്ന് മാത്രമല്ല പരിശുദ്ധ ഇസ്ലാമിനെതിരിൽ ക്രിസ്ത്യൻ മിഷണറി പ്രവർത്തനമൊക്കെ തന്നെ നടന്നപ്പോൾ അതൊക്കെ തന്നെ പരിശോധന ഇസ്ലാം കേരളത്തിൽ നേരത്തെ തന്നെ മഹാനായ ഷെയ്ഖനോ ഷംസോ ചെയ്ത സേവനങ്ങൾ വളരെ വലുതുണ്ട് അതുകൊണ്ട് കൂടുതൽ അനുസ്മരിക്കുകയല്ല ആ മഹാന്മാരൊക്കെ തന്നെ നേരത്തെ നൽകിയ ഈ മഹാൽ പ്രസ്ഥാനം എന്ന നിലക്ക് നമുക്ക് സമസ്തയെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമാണ് നാം അതിൻ്റെ പ്രവർത്തകന്മാരായി മാറി എന്നുള്ളത് ഈ നിലക്കുള്ള മഹാരഥന്മാരായ നേതാക്കൾ പ്രവർത്തിച്ച സംഘടനയുടെ പ്രവർത്തകന്മാരായി മാറാൻ നമുക്കെല്ലാം തന്നെ അവസരം ലഭ്യമായി എന്നുള്ളത് നാം എപ്പോഴും ജീവിതത്തിലെ മഹാഭാഗ്യമായി കണക്കിലെടുത്തുകൊണ്ട് തന്നെ അള്ളാഹുവിന് ഷുക്ർ ചെയ്യേണ്ടതുണ്ട് ആ ഷുക്ർ എന്ന് പറഞ്ഞാൽ സമസ്തയുടെ സജീവ പ്രവർത്തകന്മാരായി മാറുക എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട സമസ്തകളും എം എ തുറമയുടെ സ്ഥാപക നേതാവും മഹാനായ വരക്കൽ തങ്ങൾ അവർ സയ്യിദ് ബാലവി അബ്ദുറഹ്മാനും മുല്ലക്കോയ തങ്ങൾ അവർ വരക്കൽ മുല്ലക്കോയ തങ്ങൾ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സയ്യിദ് അലവി മുല്ലക്കോയ തങ്ങൾ അവർക്ക് കേരളത്തെ സംബന്ധിച്ചിടത്തോളം മഹാരഥന്മാരായ സാധാതുക്കളി എം എൽ എന്ന് ഒരുപാട് സാധാത്ത് കുടുംബങ്ങൾ കേരളത്തിലെത്തിയിട്ടുണ്ട് ബാലവി സഹദാത്ത് കുടുംബം നാല് തലമുറകൾ അപ്പുറം കേരളത്തിലെത്തിയ സയ്യിദ് ഹാമിദ് ബാലവി മുല്ലക്കുഴ തങ്ങളുടെ പൗത്രനായം കൊണ്ടാണ് ബഹുമാനപ്പെട്ട വരക്കൽ തങ്ങളെത്തുന്നത് കേരളത്തിലെത്തിയ സയ്യിദ് ഹാമിദ് ബാലവി മുല്ലക്കുഴ തങ്ങൾ അവർ ഹാമിദ് ബായാലവി തങ്ങളവറുകളുടെ കാത്തിബായും കൊണ്ട് എഴുത്തുകയറനായകൊണ്ട് കൂടെ വന്ന മഹൽ വ്യക്തിത്വമാണ് മഹാനായ സയ്യിദ് മുഹമ്മദ് ഗോയ എന്ന മഹാനായ പണ്ഡിതൻ ബഹുമാനപ്പെട്ട സയ്യിദ് വരക്കൻ മുല്ലക്കൽ തങ്ങളുടെ നാലാം തരങ്ങളിൽപ്പെട്ട ബഹുമാനപ്പെട്ട കേരളത്തിലെത്തിയ ബഹുമ ബഹുമാനപ്പെട്ട ഹാമദ് ബാലവി തങ്ങൾ കേരളത്തിലെത്തുമ്പോൾ തൻ്റെ കൂടെ തൻ്റെ ഹാദിമായി തൻ്റെ കാത്തിബായി എഴുത്തുകാരനായി വന്ന ആളാണ് മഹാനായ ഷെയ്ഖുന ഷംസുൽ നാലാം തറങ്ങളിൽപ്പെട്ട മുഹമ്മദ് ഗോയ മുസ്ലിം എന്ന മഹാപണ്ഡിതൻ അതുകൊണ്ട് തന്നെ സമസ്തകളുടെ രമ്യത്തിലൂടെ സ്ഥാപക നേതാവുമായി ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഷാംസലിനുമൊക്കെയുള്ള ബന്ധം അത് അത്രമാത്രം അപേദ്യമാവുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അവരുടെ കാത്തിബായി അവരുടെ പരമ്പരയിലൊക്കെ തന്നെ ആ ബഹുമാനപ്പെട്ട സാധാർത്ഥികളുടെ കാതിമുകളായി കാത്തിമുകളായി മാറി കാത്തിബ് എന്ന അർത്ഥമുള്ള എഴുത്തച്ഛൻ എന്ന കുടുംബ പേരിലാണ് മഹാനായ ഷെയ്ഖുന ഷാംസനും അറിയപ്പെടുന്നത് ഇ എന്ന ആ രണ്ടക്ഷരത്തിന്റെ ഫുൾ ഫോമ് തന്നെ എഴുത്തച്ഛൻ കണ്ടി എന്നുള്ളതാണ് എഴുത്തച്ഛൻ കണ്ടി എന്ന് അർത്ഥം വരാൻ കുടുംബ പേര് വരാൻ തന്നെ കാരണം എഴുത്തുകാരുടെ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ടാണ് മഹാനായ വരക്കൽ തങ്ങളുടെ കുടുംബ പരമ്പര ആ കുടുംബപരമ്പര അവരുടെ താനാം ബഹുമാനപ്പെട്ട ഹാമി തങ്ങളോടൊപ്പം കേരളത്തിൽ എഴുത്തുകാരനായി എത്തുകയും പിൻതലമുറയുടെയും കാതിമുകളായി ജീവിക്കുകയും ചെയ്തു വന്നത് കൊണ്ട് അവരുടെ കാത്തിമുകളായതുകൊണ്ട് കാത്തിപ്പ് എന്ന അർത്ഥത്തിൽ മലയാളത്തിലുള്ള എഴുത്തച്ഛൻ എന്നതിൻ്റെ ആ കുടുംബ പേര് തന്നെ അങ്ങനെയായി മാറി അത് എഴുത്തച്ഛൻ കണ്ടിയിലാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഷംസലും കുടുംബ പേര് അതുകൊണ്ട് തന്നെ സംസ്ഥാനകളുടെ ജമ്യത്തോളം സ്ഥാപക നേതാവ് തന്റെ പിതാമഹന്മാരൊക്കെ തന്നെ സേവനം ചെയ്ത മഹാ സാധാത്തുകളൊക്കെ തന്നെ അന്ത്യവിശ്രമം കൊള്ളുന്ന വരക്കൽ മക്കാമിൽ മഹാനായ ഷംസുലിമക്ക് അന്ത്യവിശ്രമം കൊള്ളാൻ അള്ളാഹു അനുഗ്രഹിച്ചു എന്നുള്ളത് മഹാൻ അവരുടെ മാത്രമല്ല സമസ്തയുടെ ചരിത്രത്തിൽ തന്നെ ഒരു വലിയ സംഭവങ്ങളാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം സമസ്തകൾ സ്ഥാപിക്കുന്ന സമയത്ത് അതിൽ അംഗമായ ബഹുമാനപ്പെട്ട കണ്ണേതുസ്താദും സമസ്തകൾ എം എത്രമേ സ്ഥാപക നേതാക്കളൊപ്പം അന്ത്യവിശ്രമം കൂടുന്ന മഹാനായ ഷെയ്ഖുള ഷംസുലമയും നേത്വം നൽകുന്ന സമസ്ത എന്നതുകൊണ്ട് തന്നെ സമസ്തയെ സംബന്ധിച്ച് നമുക്ക് ചിന്തിക്കാനൊന്നുമില്ല ആ സമസ്തയിൽ നിന്ന് ആരൊക്കെ പിരിഞ്ഞു പോയാലും യഥാർത്ഥ സമസ്ത ഏതാണെന്ന് വേർതിരിച്ചറിയാൻ മഹാനായ കണിതസാദന്റെ നേതൃത്വവും ഷെയഖ്നാ ഷംസമ്മയുടെ നേതൃത്വമൊക്കെ തന്നെ നമുക്ക് മതി മഹാനായ വരക്കൽ തങ്ങൾ അവർ വലിയ കരാമത്തിൽ ഉടങ്ങിയായിരുന്നു അദ്ദേഹത്തിന്റെ കരാമത്തുകളെ സംബന്ധിച്ച് വിശദീകരിക്കേല ഒരുപാട് കരാമത്തുകൾ ഒരുപാട് പുസ്തകങ്ങളിലായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് നേരത്തെ സുന്നി അഫ്കാർ സ്പെഷ്യൽ സമ്മേളന സ്പെഷ്യലിൽ ബഹുമാനപ്പെട്ട സമസ്ത വിദ്യാഭ്യാസ ബോർഡ് പ്രസിഡന്റ് ടി കെ ബാബു മുൻസില എഴുതിയ ലേഖനത്തിൽ അദ്ദേഹത്തിൻ്റെ വല്യുപ്പ വള്ളിമുക്കി ഹീദി മുസ്ലിം അവർ ബഹുമാനപ്പെട്ട വരക്കൽ തങ്ങളുടെ സന്ത സാചാരിയായിരുന്നു ഒരുപാട് അനുഭവങ്ങൾ തൻ്റെ പിതാമഹൽ എന്ന് കേട്ട അനുഭവങ്ങൾ മഹാനായ ബാബുസിലെ അനുസ്മരിക്കുന്നുണ്ട് തന്നെ വായിച്ചാൽ ഒരുപാട് സംഭവങ്ങൾ മഹാന്മാരുടെ കരാമത്തുകൾ തന്നെ കാണാൻ കഴിയും ബഹുമാനപ്പെട്ട വരക്കൽ തങ്ങൾ അവൾ ഉഹ്രദിയ നൽകൽ അള്ളാവിൻ്റെ വലിയ പണ്ഡിതനായിരുന്നു വലിയ നേ ഉയർന്ന മർത്തബ്യയിലായിരുന്നു എന്നോടൊപ്പം തന്നെ ഭൗതികമായും ഉന്നത സ്ഥാനത്തിലായിരുന്നു മലബാർ കലക്ടറായിരുന്ന ലോകൻ തൊഹഫത്തുൽ മുജാഹിദ് എന്ന കേരള ചരിത്രം പഠിക്കുന്നത് മഹാനായ വരക്കൽ തങ്ങളിലൂടെയായിരുന്നു എന്നുള്ളത് അലിക്കുഞ്ഞ് ചരിത്രകാരനും അതുപോലെ തന്നെ പത്രപ്രവർത്തകനുമായിരുന്ന അലിക്കുഞ്ഞ് സാഹിബ് തൻ്റെ ലേഖനത്തെ അനുസ്മരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഹൈദരാബാദി നൈസാമിൻ്റെയും കണ്ണൂർ അടക്കൽ രാജവംശത്തിൻ്റെയൊക്കെ തന്നെ ഉപദേഷ്ടാക്കൽ പ്രധാനിയായിരുന്നു മഹാനായ വരക്കൽ തങ്ങളവുകൾ അവരാണ് സമസ്തകളെ യമിയത്തോളമ സ്ഥാപിക്കുന്നത് സംസ്ഥകളെ യമ്യത്തോളമ സ്ഥാപിക്കുമ്പോൾ വരക്കൽ തങ്ങളവുകൾക്ക് എൺപത്തിയാറ് വയസ്സ് പ്രായമാണ് എൺപത്തിയാറ് വയസ്സ് പ്രായമുള്ളവർ ജ്ഞാനപിടുത്താനും വയോവൃദ്ധനുമായ മഹാനായ തങ്ങൾ കേരളത്തിലെ ആലിമികൾ മുഴുവനും വിളിച്ചു വരുത്തി സമസ്ത എന്ന പ്രസ്ഥാനത്തിനു രൂപം നൽകുമ്പോൾ നാം ചിന്തിക്കേണ്ടത് ഈ പ്രായപരുന്ന മനുഷ്യൻ ഒരു സംഘടന രൂപീകരിക്കുന്നത് ദീൻ്റെ നിലപ്പിനു വേണ്ടിയാണ് നാം മനസ്സിലാക്കേണ്ടതുണ്ട് പരിശോധന ഇസ്ലാം കേരളത്തിലെത്തിയത് മുതൽ സംഘടിതമായ നിരക്ക് പ്രവർത്തിച്ചതായിരിക്കുന്ന സംഘടന സംഘടിത പ്രവർത്തനം സംഘടന എന്ന ലേബൾ എന്നില്ലെങ്കിൽ തന്നെ പിന്നീട് തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ സംഘടന ലേബളിൽ പ്രവർത്തിക്കാനുള്ള അവസരം അത് സാഹചര്യം അതിന് വേണ്ടി വിളിച്ചപ്പോൾ മഹാനായ വരക്കൽ തങ്ങൾ അതിനു ജനങ്ങളും മുഴുവനും വിളമാക്കൾ മുഴുവനും വിളിച്ചു വരുത്തി എൺപത്തിയാറാമത്തെ വയസ്സിലാണ് സമസ്തകൾ എണ്ണത്തോളം രൂപീകൃതമാവുന്നത് ആറ് വർഷം കഴിഞ്ഞ് തൊണ്ണൂറ്റി രണ്ടാമത്തെ വയസ്സിൽ മഹാനായ തങ്ങളവുകൾ ഈ ലോകത്തോട് വട വാങ്ങിയിട്ടുമുണ്ട് അവരുടെ സന്തതാ സഹചാരികളായിരുന്നു എപ്പോഴും തങ്ങളുടെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും സ്വീകരിച്ചിരുന്ന അനവധി വിഷയത്തെ തരീക്കത്തുകളിലൊക്കെ തന്നെ മഹാൻ അവജാത സ്വീകരിച്ചിരുന്ന മഹാരഥന്മാരായ പണ്ഡിതന്മാരാണ് സംസ്ഥയുടെ സ്ഥാപക നേതാക്കൾ പാങ്ങൽ അഹമ്മദ് കുട്ടി മുസ്ലിയറും പാനായിക്കുളം മെദ്രമാ മുസ്ലിറും ഷെയ്ദ് അഹമ്മദ് ഖോയ ഷാലിയാത്തിയും മൗലാന അബ്ദുൽ ബാലി തങ്ങളൊക്കെ തന്നെ മഹാനായ വരക്കൽ തങ്ങളുടെ സന്തത സഹചാരികളായിരുന്നു അവരാണ് സമസ്തകളുടെ ജന്മിയോലമുക്ക് നേരത്ത് നൽകിയ വലിയ പണ്ഡിതന്മാർ സമസ്തകളുടെ ജന്മിയുള്ള രൂപീകൃതമാകുമ്പോൾ തന്നെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം ഇവിടെ പറഞ്ഞതുപോലെ നേതൃപദവി ആഗ്രഹിച്ചുകൊണ്ട് ആരും സംഘടനയിൽ വന്നിട്ടില്ല സമസ്ത രൂപീകൃതമാകുന്ന പണ്ഡിത സമ്മേളനം ഒന്നാകെ ആവശ്യപ്പെട്ടത് മഹാനായ പാങ്ങിൽ അവർ പ്രസിഡന്റ് ആവണമെന്നുള്ളതായിരുന്നു മഹാനായ തങ്ങൾ വരെ നിർദ്ദേശിച്ചത് അങ്ങനെ തന്നെയായിരുന്നു പക്ഷേ ചരിത്രം പറയുന്നത് അന്നത്തെ മഹാരഥന്മാരാകുന്ന മുൻകാമികളായ പണ്ഡിതന്മാർ നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത് ബഹുമാനപ്പെട്ട പാങ്ങിൽ അഹമ്മദ് കുട്ടീസിലെ എഴുന്നേറ്റെന്ന് പറഞ്ഞു തങ്ങളെ ഒഫാഗത്താവുന്നവർ തങ്ങളുടെ കാലം കഴിയുന്നവരെ തങ്ങൾ തന്നെ പ്രസിഡന്റ് ആവണം പ്രവർത്തനങ്ങൾക്ക് തന്നെ ഞാൻ നിർവഹിച്ചു വല്ലാം എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ പാങ്ങിൽ അവറുകൾ തങ്ങളെ തന്നെ പ്രസിഡന്റ് ആവാൻ വേണ്ടി നിർബന്ധിച്ചു എൺപത്തിരണ്ട് എൺപത്തിയാറ് വയസ്സുള്ള മഹാനായ തങ്ങൾ തന്നെ പ്രസിഡന്റ് പദവി അല അലങ്കരിക്കുന്നത് മഹാനായ പാങ്ങിൽ അഹമ്മദ് കുട്ടീൽ നിർവഹിച്ചു നിർബന്ധിച്ചതുകൊണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പാങ്ങിൽ അഹമ്മദ് കുട്ടീസിലിന്റെ അക്ഷതതലത്തിൽ സംസ്ഥകളെത്തലമയുടെ ആദ്യകാലത്ത് തന്നെ പ്രസിഡന്റ് പദവി പ്രസിഡന്റായി സേവനമെന് ഇഷ്ടപ്പെട്ടതാണ് തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ മഹാനായ തങ്ങൾ വഫാത്തോളന്നതോടുകൂടി പിന്നീട് പ്രസിഡന്റായി പാങ്ങിൽ അഹമ്മദ് അട്ടു മുസ്ലിയെന്ന് പറഞ്ഞാൽ മുസ്ലിം കേരളം മുസ്ലിം ലോകത്തിലേക്ക് നൽകിയ ഒരു മഹാപ്രതിപളിൽ വലിയ വ്യക്തിത്വമുള്ളവരാണ് ബഹുമാനപ്പെട്ട പാങ്ങിൽ അഹമ്മദ് അട്ടി മുസ്ലിയാർ വളരെയധികം ഉയർന്ന തെഹക്കുള്ള പണ്ഡിതൻ അതോടൊപ്പം തന്നെ എഴുത്തുകാരൻ ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിന് വലിയ വലിയ ഗ്രന്ഥങ്ങളൊക്കെ തന്നെ അമൂല്യമായ ഗ്രന്ഥങ്ങളൊക്കെ തന്നെ പ്രസിദ്ധീകരിച്ചത് ഇന്ത്യക്ക് പുറത്തു നിന്നാണ് ഈജിപ്തിൽ നിന്നൊക്കെ തന്നെ പ്രസിദ്ധീകരിക്കപ്പെട്ട ഗ്രന്ഥങ്ങളാണ് അദ്ദേഹത്തിൻ്റെത് ഒരുപാട് ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചു പ്രസംഗങ്ങൾ പ്രസംഗങ്ങൾക്കും രചിച്ചു പ്രസംഗ പ്രാസംഗികനാണ് എല്ലാവിധ കഴിവുകളും മുത്തിണങ്ങിയ മഹാനായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ മലബാർ കലാപത്തിനൊക്കെ അദ്ദേഹം നേതൃത്വം നൽകി പക്ഷേ മലബാർ കലാപത്തിലെ ചില വ്യക്തികൾ അതിൻ്റെ മാർഗം പിന്തിരിയെന്നാണ് ചിന്തിച്ചു അവരതിൽ നിന്ന് നേരായ വഴിയിലേക്ക് തിരിച്ചുവിട്ടു അങ്ങനെ ബഹുമാനപ്പെട്ട സംസ്ഥകളെ എം എത്തലുമാ സ്ഥാപിക്കുമ്പോൾ അതിൻ്റെ പ്രസിഡന്റായി എന്നു മാത്രമല്ല സമസ്ത രൂപീകരിക്കുന്നതിന് രണ്ടു വർഷം മുമ്പ് തന്നെ മഹാനായ പാങ്ങൽ അഹമ്മദ് കൊണ്ട് സ്ഥാപിച്ച മഹത്തായ സ്ഥാപനമാണ് താനൂർ ഇസ്രാഹലും അറബി കോളേജ് അങ്ങനെ സമുദായത്തിനൊക്കെ ദീൻ നേതൃ നൽകി ബഹുമാനപ്പെട്ട മാലിക്കുദ്ദീനാർ പരമ്പരയിലെ മാലിക്കുൻ ഹബീബർദിയുള്ള ഹൊന്നു ചാലിയത്തായിരുന്നു കളറിയായിരുന്നു അവർ താമസിക്കുന്ന ചാലിയത്തായിരുന്നു അവരുടെ പരമ്പര പിന്നീട് തിരുവങ്ങാടിയിലേക്കും പിന്നീട് പാങ്ങിലേക്കും താമസം ബഹുമാനപ്പെട്ട പാങ്ങിൽ അഹമ്മദ് കുട്ടി ലഹയുടെ കുടുംബം അങ്ങനെ മഹാന്മാരാകുന്ന സഹാദി വൈര്യന്മാരുടെ കുടുംബപരമ്പരയിൽ ജനിച്ച് ബഹുമാനപ്പെട്ട സമസ്തകളുടെ ജമ്യത്തന്മാർ സ്ഥാപിച്ചതു എന്ന് തന്നെ പരിശുദ്ധ ഇസ്ലാമിയുടെ നിലനിർത്താൻ അള്ളാഹു സുബ് അഹ് താൽ സ്വീകരിച്ച കാലാകാലങ്ങളിൽ സ്വീകരിച്ച രീതികളുടെ ഒരു ആവർത്തനമാകുമെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് അങ്ങനെ പാങ്കിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ മഹാൻ അവർ തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് ഭാഗത്താകുന്നത് തൊള്ളായിരത്തി നാൽപ്പത്തി നടക്കുമ്പോൾ അദ്ദേഹം രോഗബാധിതായി കടപ്പിലായിരുന്നു സമ്മേളനത്തിന് തുടക്കം സമ്മേളനം തീരുമാനിച്ചു സമ്മേളന പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം അന്ന് പഠനയിലാണ് ദർശനാർത്തിക്കൊണ്ടിരുന്നത് കാസർഗോഡ് ജില്ലയിലെ പഠനയിൽ ദർശനംത്തി കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് സമസ്തകളുടെ ജമിയ തലമുറയുടെ കാര്യവട്ടം സമ്മേളനം തീരുമാനിക്കപ്പെടുന്നത് അതിന് കാര്യവട്ടം സമ്മേളനത്തിന് പ്രാഥമിക പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പഠനയിൽ നിന്ന് നാട്ടിലേക്ക് പുറപ്പെട്ടപ്പോൾ ട്രെയിനിൽ വെച്ചാണ് അദ്ദേഹത്തിന് രോഗബാധ അത് കാണുന്നത് അങ്ങനെ രോഗിയായി കിടപ്പിലായി കാര്യവട്ടം സമ്മേളനത്തിൽ അദ്ദേഹത്തിന് സാന്നിധ്യം ഉണ്ടായിട്ടില്ല അദ്ദേഹത്തിനോടുള്ള പ്രത്യേക ദുബായ നടത്തിയതായിട്ട് നമുക്ക് സമ്മേളന റിപ്പോർട്ടുകൾക്ക് തന്നെ കാണാൻ കഴിയുന്നുണ്ട് തൊള്ളായിരത്തി നാൽപ്പത്തിയാറിലാണ് അദ്ദേഹം ഈ ലോകത്തോട് ഇവിടെ വാങ്ങിയത് പാങ് ജുമായു പള്ളിയോട് ചേർന്ന് അദ്ദേഹം അന്ത്യവിഷമം കൊള്ളുന്നു അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെ തന്നെ വലിയ പണ്ഡിതന്മാരാണ് സംസ്ഥകൽപ്പന നൽകിയത് പാങ്ങിൽ അവരോടുകൂടി സംസ്ഥയ്ക്ക് നേതൃത്വം നൽകിയ മഹാപണ്ഡിതനാണ് ബഹുമാനപ്പെട്ട മൗലാന അബ്ദുൽ ബാരി തങ്ങൾ അവർ പാങ്ങിൽ അഹമ്മദ് കുട്ടി രോഗബാധിതരോടുകൂടി തൊള്ളായിരത്തി നാൽപ്പത്തി മുതൽ തൊള്ളായിരത്തി വരെ സംസ്ഥയുടെ പ്രസിഡന്റും സ്ഥാപക കാലം മുതൽക്ക് തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് വരെ വൈസ് പ്രസിഡന്റുമായി സേവനമേഷ അബ്ദുൽബാരി തങ്ങളെ സംബന്ധിച്ചിടത്തോളം സമസ്തയുടെ ചരിത്രത്തിൽ ഒരു വലിയ അവിഭാജ്യ ഘടകമാണ് തന്റെ പിതാവ് മഹാനായ ഷെയ്ഖ് കോയാമുട്ടി മുസ്ലിം അവകൾ സമസ്തയ്ക്ക് വേണ്ടി തന്റെ മകനെ സമർപ്പിക്കുകയായിരുന്നു മഹാനായ അരക്കൽ തങ്ങൾ അവർ സമസ്ത രൂപീകരിക്കാൻ വേണ്ടി പണ്ഡിതന്മാരെ ക്ഷണിക്കാൻ മഹാനായ പാങ്ങിൽ അധികാരപ്പെടുത്തിയപ്പോൾ ആ അധികാരപ്പെടുത്തിയ ദൗത്യവുമായി ആദ്യമായി മഹാനവൾ എത്തിച്ചേരുന്നത് വാളക്കുളം പുതുപ്പറമ്പ് ചുമഴത്തുപള്ളിയിലാണ് അവിടെയായിരുന്നു മഹാനായ ഷെയ്ഖ് ഖാജ മുഹമ്മദ് എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനായ കോയാമുട്ടി മുസ്ലി അള്ളാഹുന് വലിയ അനവധി ത്വരീക്കത്തക്കുള്ള ഷെയ്ഖൊക്കെ തന്നെയായിരുന്ന മഹാനായ കോയാമുട്ടി മുസ്ലി ദർശനം നടത്തിയിരുന്നത് മഹാൻ അവറുകൾ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയുടെ ഉസ്താദും ഷെയ്ഖുമായിരുന്നു അതുകൊണ്ട് തന്നെ തന്നെ ഉസ്താദിൻ്റെ ആശീർവാദം വാങ്ങാൻ വേണ്ടി മഹാനായ പാങ്ങൽ അവറുകൾ പുതുപ്പറമ്പിലെത്തി അപ്പോൾ അഹാന അവൾ പറഞ്ഞത് എനിക്ക് പ്രായമായി നിങ്ങളുടെ കൂടെ പ്രവർത്തിക്കാൻ കഴിയില്ല അത് സംഗതി ആവശ്യമുള്ള ഒരു വലിയ സംഗതിക്ക് വേണ്ടിയാണ് നാം രംഗത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത് അതുകൊണ്ടുതന്നെ ഈ വിഷയത്തിന് വേണ്ടി എൻ്റെ മകനെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ മകൻ മൗലാന മുഹമ്മദ് അബ്ദുൽ ബാലി തങ്ങൾ അവൾ തൊണ്ണൂറ്റി മഹാനായ അബ്ദുൽ ബാലി തങ്ങളെ കേരളത്തിൽ ബാക്കവീരം നേടിയ രണ്ടാമത്തെ വ്യക്തിയാണ് ചാലകത്ത് അഹമ്മദാജ് അവൽ നിന്ന് ഒന്നാമതായി ബാ ബാക്കീരം നേടിയത് രണ്ടാമത്തെ വാക്വിയാണ് മൗലാന മുഹമ്മദ് അബ്ദുൽ ബാലി തങ്ങളവുകൾ ആയിരത്തി തൊള്ളായിരത്തിലാണ് മഹാനായ അബ്ദുൽ ബാലി തങ്ങളവൾ വെല്ലൂരിൽ നിന്ന് ബാഖവീരെന്ന് നേടുന്നത് അങ്ങനെ വാക്കുന്ന വിരുദ്ധ സ്ഥലങ്ങളിലൊക്കെ ദർശനം നടത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർ കലാപത്തിന് ശേഷം സ്വന്തം നാട്ടിൽ തന്നെ പിതാവിൻ്റെ സഹായിയായി ദർശനം നടത്തുന്ന സമയത്താണ് ബഹുമാനപ്പെട്ട സമസ്തകളുടെ നിയമത്തിനുള്ള രൂപീകരണം അതുകൊണ്ട് തന്നെ പിതാവ് മഹാനായ തൻ്റെ മകൻ മുഹമ്മദ് അദ്ദുൽ ബാലി തങ്ങളവളെ ബഹുമാനപ്പെട്ട സമസ്തയ്ക്ക് വേണ്ടി സമർപ്പിച്ചു അതു മുതൽ സമസ്തയുടെ എല്ലാമെല്ലാമായി സമസ്തയുടെ തീരുമാനങ്ങളും അതുപോലെ തന്നെ സമസ്തയുടെ നേതൃത്വപരമായ ഒരുപാട് പങ്ക് വഹിച്ചു മാത്രമല്ല സമസ്തയെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായി തൻ്റെ സമ്പത്ത് മുഴുവനും സമസ്തകളിൽ ചെലവഴിച്ച മഹാൽ വ്യക്തിത്വമാണ് മഹാനായ അബ്ദുൽ ബാരി തന്റെ സമ്പത്ത് മുഴുവനും ലക്ഷക്കോടിക്കണക്കിന് ഇന്ന് വിലപ്പെടിക്കുന്ന സ്വത്തുക്കളാണ് മഹാനായ അബ്ദുൽ ബാരി തങ്ങളുടെ വഖഫുകൾ പള്ളിക്ക് വേണ്ടി ദർശനുവേണ്ടി വിവിധ സ്ഥാപനങ്ങൾക്ക് വേണ്ടി അങ്ങനെയൊക്കെ തന്റെ സമ്പത്ത് മുഴുവനും വഖഫു ചെയ്ത അവസാനം ഒന്നുമില്ലാതെയാണ് ഈ ലോകത്തോട് അദ്ദേഹം വിടവാങ്ങിയത് ബഹുമാനപ്പെട്ട സമസ്തകളെ എം എത്തോളം മഹാനായ അബ്ദുൽ ബാരി തങ്ങളുടെ അധ്യക്ഷയിൽ യോഗം ചേർന്ന് ജാമ്യാ നൂര്യ സ്ഥാപിക്കാൻ തീരുമാനിക്കുമ്പോൾ തന്റെ സ്വത്തുകളൊക്കെ തന്നെ പൂർണ്ണമായി നൽകാത്ത ഒഫ്ഫ് ചെയ്തു തന്റെ കൈവശം ഒരു പൈസയും ഇല്ലാത്തൊരു സമയത്താണ് അബ്ദുൽ ബാലി തങ്ങൾ ജാമ്യ സ്ഥാപിക്കാൻ വേണ്ടി തീരുമാനമെടുക്കുന്നത് അങ്ങനെ ജാമ്യ നൂര്യ സൂചിക്കാൻ വേണ്ടി തീരുമാനമെടുത്തപ്പോ അതിനുവേണ്ടി എന്തെങ്കിലും എന്റെ ഒരു വിഹിതം ഉണ്ടാവണമോ മഹാൻ ആഗ്രഹിച്ചുകൊണ്ട് അന്ന് സമ്പത്തൊക്കെ തന്നെ പ പല മാർഗങ്ങളോട് ഒഫ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ആ സമയത്ത് അബ്ദുൽ ബാദി തങ്ങൾ അവർ രചിച്ച സിഹാവു ഷെയ്ഖീൻ എന്ന കിതാബ് അന്ന് ആറ് ആറ് ഉറുപ്യ വിലയുള്ളതായിരിക്കുന്ന സിഹാബ്ഷെയ്ഖ് എന്ന കിതാബിൻ്റെ അഞ്ഞൂറ് കോപ്പി സമസ്ത ബുക്കുടിപ്പോയിൽ ലഭിച്ച് അത് വിറ്റുകിട്ടുന്ന സംഖ്യ ജാമ്യ എന്നിവരോട് സംസ്ഥാപനത്തിലേക്ക് നീക്കി വെക്കണമെന്ന് മഹാനവറിൽ നിർദ്ദേശിക്കുകയായിരുന്നു അങ്ങനെ സമസ്തകളെ മീത്തോടെ വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിക്കുമ്പോൾ നമുക്ക് ചരിത്രം വായിച്ചാലറിയാം വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിക്കുന്നത് മഹാനവരോട് ആതിഥേയത്തിൽ പുതുപ്പറമ്പ് യോഗം ചേർത്തുകൊണ്ടാണ് സമസ്തയുടെ ആദ്യകാല ഓഫീസ് പ്രവർത്തിച്ചിരുന്നത് ബഹുമാനപ്പെട്ട അബ്ദുൾബാരി തങ്ങളുടെ വീട്ടിലായിരുന്നു മഹാനായ കെ പി ഉസ്മാൻ സാഹിബ് അവർ ഓഫീസ് സെക്രട്ടറിയായി പ്രവർത്തിച്ചത് പുതുപ്പറമ്പിലായിരുന്നു എന്നുള്ളതൊരു സത്യമാണ് അങ്ങനെ പുതുപ്പറമ്പിൽ പുതുപ്പറമ്പ് ചുമ്മാത്തുപള്ളിയും പുതുപ്പറമ്പ് മഹാനവൾ സ്ഥാപിച്ച മസ്ജിദുൽ ഭാര്യയും ബഹുമാനപ്പെട്ടവരുടെ വീടും ഒക്കെ തന്നെ സംസ്ഥയുടെ ഓഫീസും പ്രവർത്തന കേന്ദ്രമായിരുന്നു മഹാനായ പാനായ കുളവും മഹാനായ കുത്തുബി തങ്ങളോടൊക്കെയുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാർ മുഷാവറ യോഗങ്ങൾക്ക് വേണ്ടി ബഹുമാനപ്പെട്ടവരുടെ സന്നിധിയിലേക്ക് വാളക്കുളത്തേക്ക് എത്തിച്ചേരുന്നത് ബഹുമാനപ്പെട്ട കെ ടി മാനൂസ്ലെ അവൾ എഴുതിയ പുസ്തകത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും മഹാൻ അവകൾ സമസ്തയുമായി ആദ്യം ബന്ധപ്പെടുന്നത് ബഹുമാനപ്പെട്ട തന്റെ പുസ്തകം അരിപ്രമൊദീന ഹജി മഹാൻ അവകൾ മഹാനായ യൂസുഫ് നബിഹാനി തുടങ്ങിയ മഹാരഥന്മാരിൽ നിന്ന് ഇൽമു പഠിച്ച ഒരു വലിയ വ്യക്തിത്വമാണ് മഹാനായ അരിപ്പുറം മൊയ്ദീനാജി അവൾ സമസ്തയുടെ ശ്രാപകാല മുഷാവറ മെമ്പറാണ് അദ്ദേഹം മുഷാവറ യോഗത്തിന് ഒരുക്കൽ വാളക്കുളം പുതുപ്പറമ്പിൽ ചേർന്ന ഒരു മുഷാവറ യോഗത്തിൽ മഹാനായ അരിപ്പുറം മൊയ്ദീനാജി കരുവാര കൊണ്ട് ചതസേർന്ന കാലത്ത് കരുവാരൻ കൊണ്ടിൽ നിന്ന് ഉസ്താദിൻ്റെ ഹാദിമായും കൊണ്ടാണ് മഹാനായ ഉസ്താദ് കെ ടി മാനൂസിലെ അവർ സമസ്തയുടെ ഒരു പരിപാടിയിൽ ആദ്യമായി സംബന്ധിക്കുന്നു എന്ന് മഹാനായ ഉസ്താദ് കെ ടി രേഖപ്പെടുത്തിയിട്ടുണ്ട് മഹാനായ മൊയ്നാജി അവർ അന്ന് കരുവാറുണ്ടെന്ന് പുറപ്പെട്ട് പിന്നീട് കരുവാർ തിരിച്ചെത്താൻ വേണ്ടി മൂന്ന് ദിവസം എടുത്തു എന്നതാണ് മഹാനായ കെ ഉസ്താദ് എഴുതിയിട്ടുള്ളത് നടന്ന് യാത്ര ചെയ്യുന്ന കാലഘട്ടം വാളക്കുളത്തെത്തി ഒരു ദിവസം കൊണ്ട് എത്തിച്ചേരുന്ന പരിപാടി ആയിരുന്നില്ല യാത്രകളൊക്കെ തന്നെ അങ്ങനെ അബ്ദുൽ ബാലി തങ്ങളെ വീട്ടിൽ യോഗം ചേർന്ന് ഒരുപാട് തീരുമാനങ്ങൾ എടുത്തു സമസ്തയുടെ ഒന്നാമത്തെ മദർസ വാളക്കുളം പുതുപ്പാറമ്പിലെ ബയാനലി ഇസ്ലാം മദർസയാണെങ്കിൽ സുന്യോദന സംഘം ഷാഖകൾ രൂപീകരിക്കാൻ തീരുമാനിച്ചപ്പോൾ ഒന്നാമത്തെ ഷാഖയായ കൊണ്ട് അന്നത്തെ തിരൂർ താലൂക്കിലെ പുതുപ്പുടമ്പ് ഷാഖ ആയതുകൊണ്ട് മഹാനായ അബ്ദുൽ തങ്ങളുടെ സാന്നിത്തിലാണ് രൂപീകരിക്കപ്പെട്ടത് മഹാനായ ഉസ്താദ് ഹൈദർ ഹസു സുലാദിന്റെ പ്രസിഡന്റായിരുന്നു ആ അന്നത്തെ പ്രസിഡന്റ് ആയിരുന്നു എല്ലൂരിൽ നിന്ന് ആദ്യത്തെ സമയത്താണ് മഹാനായ ഉസ്താദ് ഹൈദർ ഹസു സുലാഹിന്റെ പ്രസിഡന്റ് അങ്ങനെ അബ്ദുൽ ബാലി തങ്ങളെ സംബന്ധിച്ച് നമ്മൾ വായിക്കേണ്ടതുണ്ട് ഒരുപാട് വായിക്കേണ്ടത് ഈ ഉസ്താവന്മാരൊക്കെ തന്നെ ചരിത്രമാം വായിച്ചാൽ തികച്ചും നമുക്ക് സംഘടനാ പ്രവർത്തകനാവാൻ സമസ്തയുടെ വാക്താവാൻ ഭാഗ്യം ലഭിക്കും അവരൊക്കെ തന്നെ പണ്ഡിതന്മാരൊക്കെ സമസ്തയുടെ പ്രവർത്തകന്മാരായി മാറണമെന്ന് ആഗ്രഹിച്ചവരായിരുന്നു ഈ വിനീതിനെ സംബന്ധിച്ചും എന്നെ സംബന്ധിച്ചിടത്തോളം മഹാനായ അബ്ദുൽ ബാലി തങ്ങളുടെ സന്നിധിയിൽ ചെന്നത് വാരിപ്പിക്കാനൊരു അവസരം ലഭ്യമായിട്ടുണ്ട് ചെറിയ കാലത്ത് ധർസ് പഠിക്കുന്ന കാലഘട്ടത്തിൽ മഹാനായ അബ്ദുൽ ബാലി തങ്ങൾ ഓഫാത്താവുന്ന മാസങ്ങൾക്ക് മുമ്പ് പുതുപ്പറമ്പിൽ ചെന്ന് മഹാനവുമായി ബന്ധപ്പെട്ട് ദ്വാരക്കണമെന്ന് എൽമി പിടിക്കാൻ വേണ്ടി ദ്വാരക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ നല്ലവണ്ണം പഠിച്ചു സമസ്തയുടെ പ്രവർത്തകനാണ് ആവണമെന്ന് മഹാനവർ അന്ന് ഉപദേശിച്ചിട്ടുണ്ട് ആ ഉപദേശം എന്നോട് മാത്രമല്ല മഹാനവളെ സമീപിക്കുന്നവരോട് വലിയൂർ പാർട്ടിയാത്തിലേക്കും ഒക്കെ തന്നെ പോകാൻ ആഗ്രഹിച്ചുകൊണ്ട് ദ്വാരപ്പിക്കാൻ വേണ്ടി ചെല്ലുന്നവരുടെ വെല്ലൂരിൽ നിന്ന് വന്ന് സമസ്തയുടെ പ്രവർത്തകനാവണമെന്ന് ഉപദേശ കാര്യം ഒരുപാട് പണ്ഡിതന്മാർ നമ്മൾ സമസ്തയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട് പറയാറുണ്ട് അതുകൊണ്ട് എന്നെ എന്നിൽ നിന്ന് നേരിട്ടുള്ള അനുഭവമാണ് സംസ്ഥയുടെ പ്രവർത്തകനാവണമെന്ന് ചെറിയ അലിഫ അതുലിനൊക്കെ തന്നെ പോകുന്ന കാലഘട്ടത്തിൽ ഒരു ചെറിയ വിദ്യാർത്ഥി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ മഹാനായവർ ഉപദേശിച്ച കാര്യം അപ്പം അവരൊക്കെ തന്നെ നമ്മളൊക്കെ തന്നെ സമസ്തയുടെ പ്രവർത്തകന്മാരാവണമെന്ന് ആഗ്രഹിച്ച വലിയ വലിയ ആളുകളായിരുന്നു അതുകൊണ്ട് തന്നെ നാം അവരോടുള്ള ആ ബന്ധം നിലനിർത്തണമെങ്കിൽ സമസ്തയുടെ പ്രവർത്തകന്മാരായി മാറുക എന്നുള്ളതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് മഹാനായ അബ്ദുൽ ഭാരതങ്ങൾ അവരുകൾ സംസ്ഥയുടെ സാപകാല വൈസ് പ്രസിഡന്റ് അതിൽ വ്യക്തിത്വമായിരുന്നു മഹാനായ അബ്ദുൽ ഖാദുൽ ഫലുഫരി അബ്ദുൽ ഖാദുൽ ഫൽഫരി എന്നുള്ളതും യമലിൽ നിന്ന് വന്നതായിരിക്കുന്ന വലിയ അറബി പണ്ഡിത കുടുംബത്തിലൊരു അംഗമായും ജനിക്കുന്നത് അദ്ദേഹത്തിന്റെ പിതാവ് യൂസുഫുൽ ഫലുഫരി തങ്ങൾ അവർ വലിയ വലിയ ആയിരുന്നു അനവധി കറാമത്തുകൾ കാണിച്ച യൂസുഫുൽ ഫൽഫരി അവരുടെ പുത്രനാണ് അബ്ദുൽ ഖാദുൽ ഫൽഫരി അബ്ദുൽ ഖാദുൽ ഫലുഫരി ആരാണെന്ന് അവൻ മനസ്സിലാക്കണമെങ്കിൽ അത് വലിയ അന്നത്തെ അദ്ദേഹത്തിൻ്റെ കിതാബുകളൊക്കെ അദ്ദേഹം രചിച്ച ജവാഹുൽ അഷാർ തുടങ്ങിയതായിരിക്കുന്ന കിതാബുകളൊക്കെ തന്നെ ഒരുപാട് ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട് മഹാനാ ഷെയ്ഖുന ഷംസുലുലുമായയുടെ ശിഷ്യനാണ് ഉസ്താദാണ് മഹാനാ അബ്ദുൽ ഖാദുൽ ഫലഫരി അവർ മഹബുലാത്തിന്റെ എല്ലാ വിഷയങ്ങളിലും ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഷംസുലയുടെ ഇജാസത്ത് ബഹുമാനപ്പെട്ട അബ്ദുൽഖാദുൽ ഫോൽഫരിയുടേതാണ് മഹാനാ ഷെയ്ഖുന ഷംസുലുമായ ഓരോ വിഷയങ്ങളിൽ അതാത് ആ കാലത്തുള്ള ഓരോ വലിയ പണ്ഡിതന്മാരിലാണ് എൽമു പൂർത്തീകരിച്ച സന്നദ്ധ ഇജാസത്തെ കരസ്ഥമാക്കിയത് അദീസിന്റെ വിഷയത്തിൽ മഹാനാ ഷാലിയാത്തിൽ നിന്നാണ് മഹാനാ ഷെയ്ഖുന ഷംസുലുമായ ഇജാസത്തെ മയക്കുലാത്തിൽ മഹാനായ അബ്ദുൽ കാദുൾ ഫലുഫരിയിൽ നിന്നായിരുന്നു ഫിട്ടഹിൽ മഹാനായ പുതിയാപ്പർ അബ്ദുറഹുലിയിൽ നിന്നായിരുന്നു അങ്ങനെ മഹാനായ ഷേഖുനാ ശംസയുടെ ഗുരുവാര്യനാവാൻ ഭാഗ്യം ലഭിച്ചു തന്നെ അബ്ദുൽ കാദുൽ ഫലുഹരിയുടെ മഹത്വം നമ്മെ കാണിക്കുന്നുണ്ട് സമസ്തവുമായി അദ്ദേഹം ചരിത്രം പരിശോധിക്കുമ്പോൾ തൊള്ളായിരത്തി ഇരുപത്തി ഇരുപത്തിരണ്ട് കാലഘട്ടങ്ങളിലും ഐക്യസമ്പൻ അതിന്റെ വാർഷിക യോഗങ്ങൾ നടന്നു മൂന്നാമത്തെ വാർഷിക യോഗം കോഴിക്കോട് ചേർത്താൻ തീരുമാനിക്കപ്പെട്ടു അങ്ങനെ കോഴിക്കോട് വെച്ച് വാർഷിക സമ്മേളനം നടത്താൻ തീരുമാനിക്കപ്പെട്ടപ്പോൾ ആ സമ്മേളനം കോഴിക്കോട് നടക്കാതിരിക്കാൻ വേണ്ടിയുള്ള യത്നങ്ങൾ നടത്തിയ മഹാൽ വ്യക്തികളുമാണ് മഹാൻ അബ്ദുൽ കാദുൽ ഫോർ പരിയും ശാലിയാത്തിയും നമുക്കറിയാം ഐക്യ സംഘം വരലോടുകൂടിയാണ് വിദേഹത്ത് നമ്മുടെ കേരളത്തിൽ വിശിഷ്ടമായ മലബാറിലെത്തുന്നത് മലബാറിലേക്ക് അത് കടക്കാൻ സാഹചര്യം ഒരുക്കിയത് ഐക്യസംഘത്തിന്റെ മൂന്നാം വാർഷിക സമ്മേളനം തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ കോഴിക്കോട് നടക്കുന്നതോടുകൂടിയാണ് അങ്ങനെ കോഴിക്കോട് നടത്താൻ ഐക്യസംഘം തീരുമാനിക്കുകയും കോഴിക്കോട്ടെ ചില പ്രധാനികളൊക്കെ തന്നെ അതിന് സഹായം ചെയ്യുകയും ചെയ്തപ്പോൾ ഐക്യ സംഘവുമായി സഹകരിക്കുന്ന മുതലാളിമാരോടും ധനാട്യന്മാരോടും കോഴിക്കോട്ടെ പൗരപ്രമുഖരൊക്കെ തന്നെ നേരിൽ കണ്ട് അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി ശ്രമം നടത്തി പക്ഷേ ആ ശ്രമം വിജയിച്ചില്ല അപ്പം സമസ്തകളെ യുമായും രംഗത്ത് വന്നു എന്നുള്ളതാണ് ചരിത്രം അതുകൊണ്ട് തന്നെ സമസ്ത രൂപീകരിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു സംഘടനയിലൂടെ സംഘടന സുനിതരമായ തന്നെ നിലനിർത്താൻ അതിനെതിൽ വരുന്ന തന്നെ തടയിടാൻ വേണ്ടി ശ്രമം നടത്തിയ മഹാനായ ഒരു പണ്ഡിതനാണ് അബ്ദുൽ കാദുൽ ഫലു ഫലി അവർ അവർ തൊള്ളായിരത്തി നാൽപ്പത്തി അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ട് കാര്യവട്ടം സമ്മേളനത്തിൽ റിപ്പോർട്ടുകൾ കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ മഹാന അബ്ദുൽ കാദുൽ ഫോദ് അതുപോലെ മുഹമ്മദ് മീറാം മുസ്ലിയാർ അവർ തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ഔപചാരികമായി തുടക്കം കൊടുക്കുന്നതിന് മുമ്പ് ഒരു വിരമാ സംഘടനയ്ക്ക് രൂപം നൽകി പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് അങ്ങനെ കോഴിക്കോട് ജുമായത്ത് പള്ളിയിൽ കുറ്റിച്ചറ ജുമായ പടിയിൽ ബഹുമാനപ്പെട്ട തങ്ങളുടെ നിർദ്ദേശപ്രകാരം അന്ന് ഉലമാക്കൾ സമ്മേളിച്ചുകൊണ്ട് ഒരു സംഘടനയ്ക്ക് പ്രഥമമായി വിരമാ സംഘടനയ്ക്ക് രൂപം നൽകി ആ ഉലമാ സംഘടനയിൽ അന്നത്തെ ബേപ്പൂർ മുദരീസായിരുന്ന മുഹമ്മദ് മിറാം മുസ്ലേ ആണ് അധ്യക്ഷ പദവി ഏറ്റെടുത്തത് മഹാനായ മുഹമ്മദ് മിറാം മുസ്ലേ അവകൾ സമസ്ത രൂപീകരിക്കുന്ന സമയത്ത് തൊള്ളായിരത്തി ഇരുപത്തി അന്ന് കോഴിക്കോട് നടത്തുന്ന ബേപ്പൂർ മുദരീസായിരുന്നു അതുകൊണ്ട് തന്നെ മഹാൻ കോഴിക്കോട് കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനമായതുകൊണ്ട് തന്നെ മഹാൻ അവർ പ്രസിഡന്റായി സംസ്ഥ ഔപചാരികമായി രൂപീകരിക്കപ്പെടുന്ന സമയത്ത് തൊള്ളായിരത്തി മുതൽ അദ്ദേഹം സമസ്തയുടെ വൈസ് പ്രസിഡന്റ് പദവി അലങ്കരിച്ചു കാര്യവട്ടം സമ്മേളനത്തിന് മുമ്പാണ് അദ്ദേഹം വഫാത്തായത് കാര്യവട്ടം സമ്മേളനം റിപ്പോർട്ടിൽ അദ്ദേഹത്തിന്റെ അനുസ്മരണവും ദ്വായവും ഒക്കെ കാണാൻ കഴിയുന്നുണ്ട് അവര് വലിയ പണ്ഡിതനാണെന്ന് മാത്രമല്ല അള്ളാഹു ഇജാതത്തിലുള്ള ഒരുപാട് ത്വരീക്കത്തോടെ വിജാത്ത് വലിയ വലിയ കൂടിയായിരുന്നു അദ്ദേഹത്തെ പഠിക്കാൻ വേണ്ടി തൊള്ളായിരത്തി രണ്ടായിരത്തി ഒന്ന് കാലഘട്ടത്തിൽ സമസ്തയുടെ ചരിത്രം സുന്നി അഫ്ഗാനെ എഴുതാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ഈ മുഹമ്മദ് മിറാൻ തങ്ങളവിടെ ചരിത്രം പഠിക്കാൻ വേണ്ടി പരിധി നടന്നപ്പോൾ തിരുവാരിയിൽ എത്തിയപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചു സമസ്തയുടെ നേതാവ് എന്ന നിരക്ക് ജനങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല പക്ഷെ അദ്ദേഹത്തെ സംബന്ധിച്ചു ജനങ്ങൾ പറഞ്ഞു തന്ന വിവരം ഞങ്ങളുടെ നാട്ടിലുണ്ടായിരുന്ന ഒരു വലിയ പണ്ഡിതൻ അദ്ദേഹത്തിന് വെള്ളം മന്ത്രിച്ച വെള്ളം കിട്ടാൻ വേണ്ടി രാവിലെ മുതലേക്കു തന്നെ പല നാന്യ നാടുകളിലൊക്കെ ദൂരെ തെക്കുകളെന്നൊക്കെ തന്നെ പാത്രങ്ങളുമായി ജനങ്ങൾ ഇവിടേക്ക് എത്തിയിരുന്നു എന്നുള്ളതാണ് പഴമക്കാരായ ആളുകൾ അദ്ദേഹത്തെ അനുസ്മരിച്ചു കൊണ്ട് പറഞ്ഞത് അപ്പൊ ഉയർന്ന വലിയ സ്ഥാനത്ത് എത്തിയിരുന്നു അദ്ദേഹം കാവനവിൽ ജനിച്ചു കൊണ്ടോട്ടിയിൽ ഇലിമ് പഠിച്ചു അങ്ങനെ വലിയ പണ്ഡിതനായി വലിയ ഇജാബത്തുള്ള ഷേഹായി മാറി ദുറായക്ക് ഇജാബത്ത് കിട്ടുന്ന വലിയ വ്യക്തിത്വമായിരുന്നു മഹാനായ മുഹമ്മദ് മീറാം ഇസ്ലാബ് ഇതൊക്കെ തന്നെയാണ് സംസ്ഥയുടെ സ്ഥാപകകാല വൈസ് പ്രസിഡന്റാവും അതുപോലെ തന്നെ സംസ്ഥയ്ക്ക് നേതൃത്വം നൽകിയ സംസ്ഥയുടെ മഹാരഭന്മാരായ പ്രസിഡന്റുമാരാണ് മൗരാന അബ്ദുൽ ബാരി ബഹുമാനപ്പെടെ വരക്കൽ തങ്ങൾക്ക് ശേഷം പാങ്ങൽ അഹമ്മദ് കുട്ടും ഇസ്ലൈബും അബ്ദുൽ ബാരി തങ്ങൾ മഴയ്ക്ക് ശേഷം മഹാനായ കണ്ണീർ ദുസ്താദും കണ്ണിയത് ഉസ്താദിന് ശേഷം സംസ്ഥകളെ എം എ പ്രസിഡന്റ് പദം പദവി അലങ്കരിച്ചത് മഹാനായ കെ കെ അബു അക്ര തവളുകളാണ് കെ കെ അബുക്രത്തുകൾ നമ്മൾ നേരിൽ കണ്ട് കേ മനസ്സിലാക്കിയവരാണ് ജമിയത്തുൽ മൂലിമിയും പ്രസ്ഥാനം ഇന്ന് അതിൻ്റെ ക്ഷേമനിധി വളരെയധികം പ്രശംസനീയമായി പ്രവർത്തിക്കുന്നുവെങ്കിൽ അതിൻ്റെ യഥാർത്ഥ കാരണക്കാരൻ മഹാനാ ഷെഹ്ന കെ കെ ഉസ്താദ് അവർ ആവുന്നു മഹാനാ വളരെ ചെറുപ്പം പുതുക്കം സമസ്തയ്ക്ക് വേണ്ടി ത്യാഗം ചെയ്തു പ്രവർത്തനം ആരംഭിച്ചു ജമിയത്ത് പ്രസിഡന്റ് പദവി അലങ്കരിച്ചുകൊണ്ടാണ് ജാമ്യയുടെ പ്രിൻസിപ്പൽ സ്ഥാനം അലങ്കരിച്ചുകൊണ്ടാണ് ഈ ഒഫാത്താകുന്നത് സമസ്തയുടെ കീഴിൽ ജമിയത്തുൽ മുലിമിൻ്റെ കീഴിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ തന്നെ അതിന് ക്ഷേമനിധി പ്രസ്ഥാനം വലിയ വലിയ വലിയ അത് ജനങ്ങൾക്ക് ഉപകാരമുള്ള വലിയ പ്രസ്ഥാനമാണ് അത് തുടക്കം കുറിച്ചത് അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്തത് അത് സമ്പുഷ്ടമാക്കിയതൊക്കെ തന്നെ മഹാനായ കെ കെ പ്രസ്താദ് അവുന്നു എന്നുള്ള മാലിന്യ സുഹൃത്തുക്കൾ പ്രത്യേകിച്ചും മനസ്സിലാക്കുകയും മഹാനവളെപ്പോഴും സ്മരിക്കുകയും ചെയ്യണമെന്നുണ്ട് ജാമ്യയുടെ പ്രസിഡന്റായി എന്ന് മാത്രമല്ല വളാഞ്ചേരി മർക്കസ് എന്നൊരു വലിയ വിദ്യാഭ്യാസ സ്ഥാപനം അധ്യയനം സ്ഥാപിച്ചു ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം നൽകുന്ന മനസ്സായിരുന്നു മഹാനവരുടേത് സംസ്ഥ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിരുന്നൊക്കെ നേരിട്ട് മുത്താലിമുകൾക്ക് വേണ്ടി ഈ മുന്നൂറിലധികം മുത്താലിമുകൾക്ക് വേണ്ടി മാസം തോറും സ്കോളർഷിപ്പ് നൽകുന്ന സംവിധാനം ഉണ്ടായിരുന്നു അതിന് പണം ഒരു സംഭരിക്കാനും മറ്റൊക്കെ തന്നെ നേതൃത്വം നൽകിയിരുന്നു മഹാനായ കെ കെ ഉസ്താദ് അവരുമായിരുന്നു കെ കെ ഉസ്താദ് അവൾക്ക് ശേഷം പ്രസിഡന്റ് പദവി മഹാനായ അസഹരി തങ്ങളും ഇപ്പോൾ ബഹുമാനപ്പെട്ട കാളമ്പാടി ഉസ്താദം വഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സംസ്ഥകളിൽ ഗമ്യത്തമ്മ സെക്രട്ടറി പദം അലം വരിച്ചത് പി വി മുഹമ്മദ് മുസ്ലിയാർ വാണിയമ്പാടി കോളേജിൽ നിന്ന് ലത്തീഫയിൽ നിന്നൊക്കെ തന്നെ ഉന്നത വിദ്യാഭ്യാസം നേടി ഒരു വലിയ അറബി പണ്ഡിതനും ബഹുഭാഷാ പണ്ഡിതനൊക്കെ തന്നെയായിരുന്നു അദ്ദേഹം ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട് അദ്ദേഹം രചിച്ച ഒരു വലിയ ഡിക്ഷണറി അറബിക്ക് മലയാളി ഡിക്ഷണറി പ്രസിദ്ധീകരമാവാതെ പോയിട്ടുണ്ട് അദ്ദേഹം ഒരുപാട് ഗ്രന്ഥങ്ങൾ വലിയ ലേബറിയായിരുന്നു അദ്ദേഹത്തിൻ്റെ വീട്ടിലുണ്ടായിരുന്നത് ജാമ്യാനൂര്യ സ്ഥാപിതമായപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളൊക്കെ തന്നെ ബഹുമാനപ്പെട്ട ബാഫിഗിതങ്ങളെയും ഷെയ്ഖുന ഷംസലിനെയും അദ്ദേഹത്തിനെ മക്കളെ ഏൽപ്പിച്ചു ജാമ്യയിലേക്ക് വഖഫ് ചെയ്തു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തെ കാണാൻ വായിക്കാൻ കഴിയുന്നുണ്ട് അങ്ങനെ വലിയ പണ്ഡിതനായിരുന്നു അദ്ദേഹമാണ് തൊള്ളായിരത്തി അൻപത്തി ഒന്ന് വരെ ബഹുമാനപ്പെട്ട സംസ്ഥകളെ ജനറൽ സെക്രട്ടറി പദവി അലങ്കരിച്ചത് അതിനുശേഷം തൊള്ളായിരത്തി അൻപത്തി ശേഷം ബഹുമാനപ്പെട്ട പറവണ്ണ വസ്താദ് സംസ്ഥയുടെ ജനറൽ സെക്രട്ടറി ആയി പറവണ്ണ എന്ന് പറഞ്ഞാൽ കേൾക്കുമ്പോൾ അത് വലിയ വ്യക്തിത്വമാണ് ഒരുപാട് കാലം നൂറ്റാണ് ജീവിച്ചിട്ടുണ്ടോ എന്ന് പോലും നമുക്ക് തോന്നിപ്പോവും പക്ഷേ അൻപത്തി ഒമ്പതാമത്തെ വയസ്സിൽ ഈ ലോകത്തോടെ ഇവിടെ വാങ്ങിയിട്ടുണ്ട് എന്നിട്ട് പോലും അദ്ദേഹം ചെയ്ത സേവനങ്ങളെ സംബന്ധിച്ച് ഞാൻ ഒരുപാട് സേവനങ്ങളാണ് അദ്ദേഹം ചെയ്തത് സമസ്തയുടെ മരിക്കുന്ന സമയത്ത് മഹാനവകൾ ഒഫാവത്തുള്ളതിൻ്റെ മാസങ്ങൾക്ക് മുമ്പ് രോഗബാധിതമായപ്പോൾ അദ്ദേഹത്തിന് കർമ്മരംഗത്ത് തിളങ്ങാൻ അവസരമില്ലാതെ വന്നപ്പോൾ ബഹുമാനപ്പെട്ട പടവണ്ണ അവറുകൾ അതൊക്കെ തന്നെ ഒഴിഞ്ഞ് പിൻ തലമുറക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയുണ്ടായി അങ്ങനെ പിൻതലമുറക്ക് ഏൽപ്പിച്ചു കൊടുത്ത് അധികം അന്നത്തെ സ്ഥാനങ്ങൾ ഒന്ന് ബഹുമാനപ്പെട്ട സമസ്തകളുടെ ജനറൽ സെക്രട്ടറി പദം അത് ഏറ്റെടുക്കുന്നത് മഹാനായ ഷെയ്ഖുന ഷംസീലുടമയാണ് മഹാനായ പറവണ്ണ അലങ്കരിച്ചിരുന്ന മറ്റൊരു സ്ഥാനമുണ്ടായിരുന്നത് വിദ്യാഭ്യാസ ബോർഡിന്റെ സ്ഥാപക നേതാവായ മഹ മോയാന പറവണ്ണ അവറുകൾ സംസ്ഥയുടെ വിദ്യാഭ്യാസ ബോർഡിൻ്റെ പ്രസിഡന്റായിരുന്നു പ്രഥമ പ്രസിഡന്റായിരുന്നു ആ സ്ഥാനം ഏറ്റെടുക്കുന്നത് മഹാനായ അയിനിക്കാട് ഇബ്രാഹിം മുസ്ലിം അവറുകൾ ബഹുമാനപട പറവണ്ണ അവറുകൾ മറ്റൊരു സ്ഥാനമായിരുന്നു അൽബയാൻ പത്രയബ സ്ഥാനം അൽബയാൻ അറബി മലയാള സിഹിയയുടെ പത്രയബ സ്ഥാനം അത് ഏറ്റെടുക്കുന്നത് മഹാനായ കോട്ടം പ്രസാദാണ് അതുപോലെ തന്നെ താനൂർ ഇസ്ലാഹുലൂമിൻ്റെ പ്രിൻസിപ്പളും മാനേജറുമായിരുന്നു ബഹുമാനപ്പെട്ട പറവണവറുകൾ പറവണയ്ക്കു ശേഷം പ്രിൻസിപ്പൽ പദവി ഷെയ്ഖുന ഇ കെ ഉസ്താദും മാനേജർ പദവി അവലാന കെ വി മുഹമ്മദ് സലാം ഏറ്റെടുത്തു നമുക്ക് മനസ്സിലാക്കാനുള്ളത് മഹാനവറുകൾ വഹിച്ചിരുന്ന ഉന്നതമായ സ്ഥാനങ്ങൾ പിന്നീട് ഏറ്റെടുക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കിയൊക്കെ ഏറ്റവും ഉന്നതമായ ആളുകളാണ് പിന്നീട് അദ്ദേഹത്തിന് സ്ഥാനം ഏറ്റെടുക്കുന്നത് ഈ സ്ഥാനങ്ങളൊക്കെ തന്നെ ഒരു വ്യക്തി കൈകാര്യം ചെയ്യുകയും ആ വിഷയങ്ങളൊക്കെ തന്നെ വളരെയധികം ശോഭിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ് സംഗതി മഹാന ഭവണ വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിച്ചതെന്ന് മാത്രമല്ല വിദ്യാഭ്യാസ ബോഡിന്റെ പാഠപുസ്തകങ്ങൾ തയ്യാറാക്കി മദ്രസകൾ അംഗീകരിക്കാൻ വേണ്ടി കടൽ ശ്രമങ്ങൾ നടത്തി മദ്രാസ് ഉസ്താവ്മാർക്ക് പരിശീലനങ്ങൾ നൽകി വിദ്യാഭ്യാസ ബോർഡ് വ്യവസ്ഥാപിതമായ ട്രെയിനിങ് ക്ലാസ് ഒക്കെ തന്നെ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ മൗലാന പറവണ്ണ സ്വന്തം അഭിപ്രായം തന്നെ സ്വന്തം രീതിയിൽ തന്നെ മഹാനായ പറവണ്ണ മാലിന്യങ്ങളെ വിളിച്ചു വരുത്തി ട്രെയിനിങ് ക്ലാസുകൾ നടത്തിയിരുന്നു എന്നുള്ളതാണ് ചരിത്രം പറയുന്നത് അങ്ങനെ പറവണ്ണ അവൾ തൊള്ളായിരത്തി അൻപത്തി ഈ ലോകത്തോട് ഇവിടെ ശേഷം സമസ്തയോടെ ജനറൽ സെക്രട്ടറി പദവം മഹാനാ ഷെയ്ഖുന ഷംസങ്ങളാണ് അതിനുശേഷം മഹാനാ ചെറിശ്ശേരി ഉസ്താദാവുകൾ സംസ്ഥയുടെ ജനറൽ സെക്രട്ടറിയായി അലങ്കരിച്ചുകൊണ്ടിരിക്കുന്നു പദവി അലങ്കരിച്ചിരിക്കുന്നു അള്ളാഹു സുബ്ബഹിനോത്തല മഹാനവർക്ക് ദീർഘായുസും ആഫീർ നൽകുമാറാവട്ടെ സംഘടനക്കും സമുദായത്തിനും നേതൃത്വം നൽകാൻ അള്ളാഹു സുബിനൽ എല്ലാവിധ തോഫീകോളും നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് സമസ്തകളുടെ ജമിയത്തോളം അവിടെ സ്ഥാപക നേതാക്കളും സമസ്തകളുടെ ജമിയത്തോ രൂപീകൃതമാകുന്ന സമയത്തുള്ള മഹാന്മാരാകുന്ന ആളുകളെ സംബന്ധിച്ച് ചിന്തിക്കും മഹാന്മാരാകുന്ന വ്യക്തികളൊക്കെ ചിന്തിക്കുമ്പോൾ അവരൊക്കെ തന്നെ വലിയ വലിയ ആളുകളായിരുന്നു മൗനാന ശാലിയാത്തി മൗനാന കുത്ബി തങ്ങളൊക്കെ തന്നെ സംസ്ഥയുടെ ഔപചാരികമായി ഔദ്യോഗിക ഭാരവാഹിത്വം ഏറ്റെടുത്ത് പ്രവർത്തിച്ചവരല്ല പ്രസിഡന്റോ വൈസ് പ്രസിഡന്റോ ആ പദവികളൊന്നും തന്നെ നമുക്ക് ഷാലിയാത്തിയെയോ കുത്ബി തങ്ങളൊന്നും കാണാൻ കഴിയുന്നില്ലെങ്കിൽ തന്നെ സംസ്ഥയുടെ സ്ഥാപനകാലം മുതൽക്കും വലിയ നേട്ടം നൽകിയവരാണ് അവരൊക്കെ തന്നെ മൗലാന ഷാലിയാത്തി നാലു മധുഹബുകളിലും ഫത്വം നൽകാൻ പ്രാപ്തനായ വലിയ പണ്ഡിതനായിരുന്നു ഹൈദരാബാദിന് ഇസാമിൽ മുഫ്തി ആയിരുന്നു നൈസാമിന്റെ ഭരണ സ്ഥലങ്ങളിലെ മുഫ്തി ആയിരുന്നു മഹനായ ഷാലിയാത്തി അവകൾ മൗലാന ഷാലിയാത്തി സമസ്തകളെ ജമ്യത്തുള്ള ആറാം വാർഷിക സമ്മേളനം ഫറൂഖിൽ ചേർന്നപ്പോൾ അധ്യക്ഷ പദവി അലങ്കരിച്ചത് ഷാലിയാത്തി ആയിരുന്നു അതുപോലെ മൗലാന കുത്തുബി തങ്ങൾ അവർകൾ സസ്തകളുടെ ജമ്യത്തോളം അവരുടെ ഔപചാരികമായി സ്ഥാനങ്ങളൊന്നും ഏറ്റെടുത്തില്ല നാം മനസ്സിലാക്കാനുള്ളത് വലിയ വലിയ പണ്ഡിതന്മാരൊക്കെ തന്നെ അവർ സ്ഥാനങ്ങൾ എന്നുള്ളത് അവരുടെ പദവി ഉണ്ടായിരുന്നത് അവർ മുഷാവറും മുഷാവറംഗമായി പ്രവർത്തിക്കുന്നതോടൊപ്പം തന്നെ സംസ്ഥയുടെ എല്ലാം എല്ലാമായി അവർ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു മോനാന കുത്തുബി തങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ തൊള്ളായിരത്തി നാൽപ്പത്തി കാര്യവട്ട സമ്മേളനം മുതൽക്കൂ നടന്ന മഹാനായ കുത്തുബി തങ്ങൾ തൊള്ളായിരത്തി അറുപത്തി ആറിലാണ് വാഗത്താകുന്നത് അതുവരെ നടന്ന സംസ്ഥയുടെ സമ്മേളനങ്ങളൊക്കെ തന്നെ അധ്യക്ഷനോ ഉദ്ഘാടകനോ മഹാനായ കുത്തുബിയാണ് തൊള്ളായിരത്തി നാൽപ്പത്തി കാര്യവട്ട സമ്മേളനത്തിൽ അധ്യക്ഷനായിരുന്നെങ്കിൽ പിന്നീട് നടക്കുന്ന സമ്മേളനങ്ങൾ സമ്മേളനം അതുപോലുള്ള സമ്മേളനങ്ങളൊക്കെ അദ്ദേഹം അധ്യക്ഷനോ ഉദ്ഘാടകനോ പ്രവർത്തിച്ചിട്ടുണ്ട് ജാമിയ നൂരിയ സ്ഥാപിതമാകുമ്പോൾ അതിന്റെ പഠനോദ്ഘാടനം നിർവഹിക്കാൻ മഹാനായ കുതുമി തങ്ങളെയാണ് അന്നത്തെ സമസ്ത തീരുമാനിച്ചത് അതുപോലെ ഒരുപാട് മഹാന്മാർ അരിപ്പുറം വൈദ്യായി നമ്മൾ പറഞ്ഞു പാലോട്ട് മൂസുകുട്ടേജൊക്കെ തന്നെ വലിയ വലിയ പണ്ഡിതന്മാരായിരുന്നു മദീലിൽ യൂസുഫ് നബുഹാനി തുടങ്ങിയവരുടെ ശിഷ്യത്വം സ്വീകരിച്ചവരാണ് അങ്ങനെ സംസ്ഥയുടെ സ്ഥാപക നേതാക്കളൊക്കെ തന്നെ ഔലിയാക്കളും സൂഫി ഈ അടുത്ത് പ്രവർത്തിച്ച കാലത്ത് പ്രവർത്തിച്ച മഹാനായ ഉസ്താവ്മാർ ബഷീർ മുസ്ലിയർ ഐദ്രസ് മുസ്ലിയർ മഹാനായ കോട്ടുമുൾ ഉസ്താദ് നമ്മെ സംബന്ധിച്ചോളം മറക്കാൻ അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ട് ഞാൻ പ്രസംഗം മഹാനായ കോട്ടം ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം നമ്മെ സംബന്ധിച്ചിടത്തോളം ഫൈലിമാരെ സംബന്ധിച്ചോളം ജാമ്യ സ്ഥാപിതമായത് മുതൽ ഒഫാത്താകുന്നവരെയുള്ള ജാമ്യയിൽ മുദരി സാവാൻ ഭാഗ്യം ഉസ്താദ് ബഹുമാനപ്പെട്ട കോട്ടുമുസ്താദ് ആണ് ആദ്യകാല എൺപത്തിയേഴ് വരെയുള്ള എല്ലാ ഫൈലിമാരും മഹാനവിടെ ശിഷ്യത്വം സ്വീകരിച്ചവരാണ് ബഹുമാനപ്പെട്ടവർ വളരെ ത്യാഗം ചെയ്തിട്ടുണ്ട് രോഗങ്ങളൊക്കെ ആയപ്പോൾ സമയത്തൊക്കെ തന്നെ വളരെ ത്യാഗത്തോടു കൂടിയാണ് മഹാനുപ്രവർത്തി മഹാനവൾ മൂത്ര സംബന്ധമായി അസുഖമായി കൊണ്ടിരിക്കുന്ന കാലഘട്ട അവസാന കാലഘട്ടത്തിലൊക്കെ തന്നെ സമസ്തർ ഏത് പരിപാടിക്കുമ്പോൾ ഷാവറയോഗം അതുപോലെ തന്നെ വിദ്യാഭ്യാസ ബോർഡ് പത്രപറ്റി എന്നെ സംബന്ധിച്ചിടത്തോളം മഹാനവൾ കോഴിക്കോട്ട് പോകുന്ന തീയതികൾക്കൊക്കെ തന്നെ ഞാൻ ഓർമ്മിച്ച് വെച്ചിരുന്നു കാരണം കൊണ്ടോട്ട് ഈ ദർശനമുള്ള സമയത്തായിരുന്നു എനിക്കത് കാതിയായി ദർശനം മഹാനവൾക്ക് ഒന്നായി കോഴിക്കോട്ടേക്ക് വസ്തു തരാൻ മൂത്രിക്കേണ്ട ആവശ്യം വരുമ്പോൾ അങ്ങനെ കോഴിക്കോട് നിന്ന് അല്ല മലപ്പുറത്തുനിന്ന് കോഴിക്കോട്ടൊക്കെ വസ്തു കയറിയാൽ ഇറങ്ങി കാലിയാരകം പള്ളിയിലൊന്ന് മൂത്തിരിച്ച് സുഖമായി ഒന്ന് വിശ്രമിച്ചതിന് ശേഷമായിരുന്നു കോഴിക്കോട്ടേക്ക് പോയിരുന്നത് അങ്ങനെ വളരെയധികം ക്ലേശങ്ങൾ സഹിച്ച സമയത്ത് ചായകൊണ്ടിരിക്കാൻ വേണ്ടി ആവശ്യപ്പെടുമ്പോൾ പറയും ഞാൻ പൂക്കോട്ടിൽ ബസ് ഇറങ്ങി ഒഴിതു ബഹുമാനപ്പെട്ട മണ്ണാർക്കാട് മൊയ്തും മുസ്ലിം ജാമ്യയിലെ ഫൈലിയായിരുന്നു അദ്ദേഹത്തിന്റെ അടുക്കൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറയും അത്രയും ക്ലേശകരമായ നിലക്ക് സഹിച്ചു ബുദ്ധിമുട്ട് സഹിച്ചു അവസാന കാലത്ത് നമ്മുടെ ജാമ്യ പൂർത്തിയാക്കുന്ന വോസ്ബോദന കാർഡ് വാങ്ങിയെങ്കിലും കൂടുതൽ ഉപകരിക്കാൻ അദ്ദേഹത്തിന് അവസരം ലഭ്യമായില്ല അള്ളാഹുഹു സുബല മഹാന്മാരായ ഉസ്താദുമാരുടെ കൂടെ ഉള്ള നമ്മൾ സ്വർഗ്ഗത്തിൽ ഒരുമിച്ചുവിട്ടുമാറാവട്ടെ അവരെ മാതൃക ബിന്ദ്ര ഹാദിമികളായി പ്രവർത്തിക്കാൻ നമുക്ക് ആയുസും മായഫിയും നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു ഒരുപാട് ആളുകളെ സ്മരിക്കാനുണ്ടെങ്കിൽ സമയം കുറവായതുകൊണ്ട് അതിൽ വിടവാങ്ങുന്നു അസ്സാം വലൈക്കും വരഹമത്തല്ല